ഞാൻ അറിഞ്ഞ് ഞാനതിന് ചെയ്യാനായി നിരോ ഗുണമതിരോഗു ചെയ്യും സിദ്ധന്മാരുടെ കാൽ ചുവടിൽ നടക്കാനുള്ള പരിശീലന കളരിയാണ് ദൈവം കരുണ ചെയ്ത ഈ കൂട്ടായ്മ പരിശുദ്ധന്മാര് യേശുക്രിസ്തു നടന്ന പാതയിലൂടെ നടന്നു അവര് ഇന്ന് സാക്ഷികളുടെ സമൂഹമായി നമുക്ക് ചുറ്റും നിൽക്കുന്നു നാം സ്ഥിരതയോടെ ഓടുക കാരണം സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു സാക്ഷികളുടെ വലിയൊരു സമൂഹം വിശുദ്ധന്മാരുടെ വലിയൊരു കൂട്ടം ഓരോ കാലയളവിലും ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ ഉപയോഗപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടം സാക്ഷികളുടെ വലിയൊരു സമൂഹം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല പതിനൊന്നാം അധ്യായം അബ്രായലേഖനം പതിനൊന്നാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ഈ ലോകത്തിലവർ ജീവിച്ചു പക്ഷേ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ലോകത്തിൽ നിന്ന് അവർ സഹിച്ച കഷ്ടതകൾ അവർ സഹിച്ച ദുരിതങ്ങൾ അവർ സഹിച്ച പീഡകൾ പരിശുദ്ധന്മാർ ഏറ്റുവാങ്ങിയതായ യാതനകൾ എന്തെന്ത് ഘോരമായ ഭയാനകമായ അനുഭവങ്ങളിലൂടെയാണ് വിശുദ്ധന്മാർ കടന്നുപോയത് ഭക്തനായ ഒരു പിതാവ് പറഞ്ഞു പരിശുദ്ധന്മാരുടെ രക്തമാണ് സഭയുടെ വളമെന്ന് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മോഹർത്തപ്പെടട്ടെ പരിശുദ്ധന്മാർ യാതനകളും വേദനകളും സഹിച്ചു പോയത് ലോകം ലോകം അവരെ അംഗീകരിച്ചില്ല ലോകം അവരെ മാനിച്ചില്ല ലോകം അവരെ ഗവനിച്ചില്ല ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ ഇന്നവരെ ജയമോടെ ജയാളികളായി അക്കരെ നിന്നുകൊണ്ട് അവർ നമ്മെ മാടി വിളിക്കുന്നു ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചതായ ഈ ക്രിസ്തുവിൻ്റെ സൗഭാഗ്യത്തിലേക്ക് നിങ്ങളും വരിക ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ ജീവൻ്റെ പാതയിലൂടെ ഞങ്ങൾ ഓടി ജീവൻ്റെ വഴിയിലൂടെ ഞങ്ങൾ ഓടി ഭാഗ്യം മരണകരമായ പാത വിശാലമായ വഴി മുന്നിൽ ഉണ്ടായിരുന്നു നല്ല വിശാലമായ വഴി വീതിയുള്ള വഴി ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു ലോകം മാനിക്കും ലോകം പ്രശസ്തിയരുളും ലോകം ആദരവ് തരും ലോകം സ്നേഹിക്കും ലോകം അംഗീകരിക്കും ലോകത്തിൽ പ്രമാണിത്വം തരും പക്ഷേ അതെല്ലാം ചപ്പെന്നും ചവറെന്നും ഞങ്ങൾ എണ്ണി എന്നിട്ട് ഞങ്ങൾ ഓടി ഞങ്ങൾ ഈ പുതിയ മാർഗം ഞങ്ങൾ തിരഞ്ഞെടുത്തു വളരെ ദുർഘടമായ മാർഗമായിരുന്നു വളരെ ദുർഘടമായ മാർഗ്ഗം വളരെ പ്രയാസമായിരുന്നു ഞങ്ങൾ വളരെ ക്ലേശിച്ചു പോയി സത്യം ഞങ്ങൾ വളരെ വിഷമിച്ചു പോയി ദുർഘടമായ വഴിയായിരുന്നു പക്ഷേ ഞങ്ങൾ പതറിയില്ല ഞങ്ങൾ പിന്നോക്കം കാല് ഞങ്ങൾ പതറിയില്ല ഞങ്ങളൊരു ചുവട് മുന്നോട്ട് വെച്ചത് പുറകോട്ട് എടുത്തില്ല സ്തോത്രം പ്രിയപ്പെട്ടവരെ അവരവസാനം പറയുകയാണ് എന്താ പറഞ്ഞത് നിങ്ങളും വരുവീൻ ജയമുണ്ട് ഇന്നത്തെ ഈ ക്ലേശങ്ങളൊക്കെ കഴിയും ജയമുണ്ട് നിങ്ങൾ വരുവേം നിങ്ങൾ ഭക്തന്മാരാണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആശ്രയിക്കാം നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങൾക്ക് ഈ യേശുവിൻ്റെ പുറകെ വരാം യേശുവിൻ്റെ പുറകെയാണ് ഞങ്ങൾ പോയത് ഞങ്ങളേതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ പുറകെയല്ല ഒരു സമൂഹത്തിൻ്റെ പുറകെയല്ല ഞങ്ങൾ പോയത് ക്രിസ്തുവിൻ്റെ പുറകെയാണ് നിങ്ങൾ വരൂ നിങ്ങളും വരൂ നിങ്ങൾക്കും പ്രത്യാശിക്കുവകയുണ്ട് ജീവകരം മൃതികരമെന്നൈമം കണ്ണീരൂതമാർഗം കാക്ഷി നിങ്ങൾ ആവശ്യക്കാരാണോ ക്ലേശിക്കണ്ട മടിക്കണ്ട പോരെ ഞങ്ങൾ നേടിയെടുത്തില്ലേ ഈ യേശു ഞങ്ങൾക്ക് നേട്ടം തന്നില്ലേ യേശു ഞങ്ങളെ അക്കരെ എത്തിച്ചില്ലേ നിങ്ങൾക്കും പോരാം യേശുവിന്റെ പിറകെ പോരാം ഭക്തന്മാർക്ക് അനുഗാമിയാണ് അനുഗമിക്കാൻ കൊള്ളാവുന്നവനാണ് ശ്രയിക്കാൻ കൊള്ളാകുന്നവനാണ് ദൈവത്തിന്റെ സ്ത്രോത്രം ഞാൻ സത്യ പ്രഭയവന്ത പ്രഭയിൽ ചേർന്നു നടന്നൂരെ ഇരുപൂടാതൻ പ്രഭയിൽ ചേർന്നു നടന്നൂര സൗഭാഗ്യം കൊണ്ടാടി സ്നേഹിതരെ ഈ സത്യപ്രഭയായ ക്രിസ്തുവിന്റെ പിന്നാലെ പുറപ്പെട്ടാൽ ഭാഗ്യം ഈ പ്രഭയിൽ ചേർന്ന് നടന്നാൽ അവിടെ ഇരുൾ പിടികൂടുകയില്ല സാധാന്യ ശക്തി തൊടുകയില്ല അന്ധകാരശക്തി ബാധിക്കുകയില്ല ശാപദോഷങ്ങൾ തൊടുകയില്ല വർഷങ്ങളോ തലമുറകളോ ആയി പിൻപറ്റുന്നതായ ശാപങ്ങളിലെ ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ എല്ലാം മാറിപ്പോകും ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിപ്പോകും എങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ തിരു അത്ഭുത ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ തിരു രക്തത്തിൻ്റെ ശക്തിയുണ്ട് ഇത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മതിമറന്നു പോകും നിങ്ങൾ മതിമറന്നു പോകും ഓരോ ദിവസവും നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കും നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ നിവർന്ന് തലവെക്കുന്നത് നിവർന്ന് തലവെക്കും വരുന്നു വീണ്ടെടുപ്പ് വരുന്നു എന്റെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരുന്നു ആത്മാവിന്റെ വീണ്ടെടുപ്പ് കിട്ടി ഇനി ഒരു ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരുന്നു റോമലേഖനം എട്ടാം അധ്യായത്തിൽ ഇരുപത്തി നാലാം ബാക്കി മുതലായിരിക്കണം നമുക്ക് ഭാഗം ഒന്ന് വായിക്കാം റോമർലേഖനം എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിൽ നമുക്ക് ഭാഗം വായിക്കാം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നേ ആത്മാവിന് കാരാഗ്രഹത്തിൽ പെട്ടു പിടയുന്നേ ആത്മാവിന് ശരീരമാകുന്ന ജയിലിൽ പെട്ടുപെടയുന്ന ആത്മാവിന് ജയിലിൽ നിന്ന് മോദനം ശരീരം ഒരു കാരാഗ്രഹമാണ് എന്താണ് നാം കേൾക്കുന്നത് ശരീരം ഒരു കാരാഗ്രഹമാണ് ഇതിൽ നിന്നൊരു മോചനം എന്നിട്ടോ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കിട്ടിയ മനുഷ്യന് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം അത് കാത്തുകാത്തിരിക്കുകയാണ് അത് വരാൻ പോകുന്നു വീണ്ടെടുപ്പ് എടുത്തു വന്നിരിക്കുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ അങ്ങനെയാണ് കർത്താവ് മൊത്തം ഇരുപത്തിനാലിൽ പറഞ്ഞത് ആത്മാവെന്ന് ആദ്യം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ദൈവത്തിന സ്ത്രോത്രം ആത്മാവ് ആദ്യദാനം ലഭിച്ചു വീണ്ടെടുപ്പ് കിട്ടി അപ്പോഴൊരു ക്വസ്റ്റ്യൻ വേറൊരു ചോദ്യം കിട്ടിയോ വീണ്ടെടുപ്പ് ആത്മാവിന്റെ വീണ്ടെടുപ്പ് കിട്ടിയോ ആത്മാവ് ഇന്നും നരകത്തിലാണോ ആത്മാവിന്നും പൈശാചിൻ്റെ പിടിയിലാണോ എങ്ങനെയറിയാം ആരും പറഞ്ഞു തരേണ്ട അവനൊന്നു നോക്കാം ബൈബിൾ നോക്കിയാൽ മതി ഈ വചനമെന്ന ആ കണ്ണാടിയിൽ നോക്കിയാൽ എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം എങ്ങനെയറിയാം ഞാനന്ന് പിശാചിൻ്റെ പിടിയിലാണോ അല്ലയോ പാപൻ ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു ബൈബിൾ എങ്ങനെയാണ് പറയുന്നത് യോഹന കിട്ടില്ലേ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു ഒന്നിയോഹൻ ഞാൻ മൂന്നില് പാപം ചെയ്യുന്നവൻ പിശാദിൻ്റെ ദാസനാകുന്നു പിശാദിൻ്റെ മകനാകുന്നു പാപം നമ്മിൽ പാപങ്ങളുണ്ടോ വീണ്ടെടുപ്പ് അടുത്ത് വരുമ്പോൾ പേടിയാണ് അന്ത്യകാല ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ പേടിയാണ് അയ്യോ അന്ത്യകാല ലക്ഷണങ്ങൾ അയ്യോ ലോകം അവസാനിക്കാൻ പോകുകയാണോ അയ്യോ ഇനി എന്നാ വേണ്ടിയേ പേടി എന്താണ് കാരണം കാരണം പാപം പോയിട്ടില്ല ഇന്ന് ആത്മാവിന്റെ വീണ്ടെടുപ്പ് കിട്ടിയിട്ടില്ല ആത്മാവ് ക്രിസ്തുവിൻ്റെ കരങ്ങളിലായിട്ടില്ല ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല വാക്കേതും പറയാം രക്ഷിക്കപ്പെട്ടു വീണ്ടെടുക്കപ്പെട്ടു മാനസാന്തരപ്പെട്ടു വീണ്ടും ഞാൻ അനുഭവിച്ചു പല വാക്കുകൾ പറയും പറഞ്ഞോട്ടെ ആ വാക്കുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല ആശയം എന്താണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടു എൻ്റെ ആത്മാവ് പിശാജിൻ്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ചോ സാത്താൻ്റെ കാരാഗ്രഹത്തിലാണോ ജയിലറയിലാണോ പിശാജിന്റെ ജയിലറയിലാണോ എന്റെ ആത്മാവോ ഈ ആത്മാവിന് മോചനം കിട്ടിയോ സ്തോത്രം അത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ കൂട്ടായ്മയിൽ സ്ഥിരമായി വരുന്നവരുണ്ട് ധാരാളം മദനം കേട്ടവരുണ്ട് വേറെ പല കൂട്ടായ്മകളിലും പോകുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കിട്ടിയില്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കിട്ടുകയില്ല ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ും ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞാൻ റോമർ എട്ടിന്റെ ഇരുപത്തി മൂന്ന് നിങ്ങൾ കുറിക്കുന്നവർക്കൊക്കെ കുറിക്കാം റോമർ എട്ടിന്റെ ഇരുപത്തിമൂന്ന് ആത്മാവെന്ന് ആദ്യ ദാനം ലഭിക്കണം ആദ്യ ബൈബിൾ വായിക്കുമ്പോൾ കാണാം ആദ്യ സ്നേഹം ആദ്യ വിശ്വാസം ആദ്യ ഫലം ആദ്യ ദാനം ഇങ്ങനെയുള്ള ഒരേ തരത്തിലുള്ള വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾ അടിയിൽ വരയ്ക്കണം എന്നിട്ട് നോട്ട് ചെയ്യണം ബൈബിൾ പഠിക്കാനുള്ള വിദ്യ ഈ പറയുന്നത് ഒരേ തരത്തിലുള്ള വാക്കുകൾ കാണുമ്പോൾ ഉടനെ അവിടെ പ്രത്യേകിച്ച് അത് മനസ്സ് അവിടെ കുറിച്ചിട്ട് അവിടെ അണ്ടർലൈൻ അടിയിൽ വരച്ചിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം ഉടനെ അവിടെ ആഡ് ചെയ്യണം അവിടെ കൂട്ടിച്ചേർക്കണം അപ്പോഴത് അത് നിങ്ങൾക്ക് പിന്നെ അത് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുമ്പോഴേക്കും മറ്റു ഭാഗങ്ങളെല്ലാം കൺകോഡൻസ് എന്ന് പറയും നിങ്ങളുടെ സ്വന്തം ബൈബിളിൽ ഒരു കൺകോഡൻസ് ഉണ്ടാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബൈബിളിൽ സ്വന്തം ഒരു ബൈബിള് വേണം ഞാൻ പറഞ്ഞോട്ടെ സ്വന്തം ഒരു ബൈബിള് വേണം നിങ്ങളുടെ വീട്ടിൽ ബൈബിള് വേണം ബൈബിളെല്ലാവരും ചേർന്ന് വായിക്കണം പക്ഷേ നിങ്ങൾക്കൊരു പേഴ്സണൽ ബൈബിൾ വ്യക്തിപരമായ ഒരു ബൈബിൾ വേണം ഒന്ന് ചോദിച്ചോട്ട് ഇവിടെ അത് വേണ്ടായിരിക്കില്ലേ ആടെ ഈ സ്വന്തമായിട്ടൊരു ബൈബിളുള്ളവരെന്ന് ഒന്ന് ഒന്ന് കരമുയർത്തിയേ ഓറ്റ് എ വെരി ഫൈൻ തിങ് കൊള്ളാം കൊള്ളാം കൈതാഴയുടെ വളരെ നല്ലത് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊച്ചുമക്കൾക്കെല്ലാം ബൈബിള് കൊടുക്കണം എന്നും വായിക്കാൻ പറയണം അവരെ കൊണ്ട് വേദവാക്യങ്ങൾ പറയിപ്പിക്കണം കഴിഞ്ഞ ദിവസം നമ്മുടെ പാട്ട് പാടുന്ന റോയിയുടെ മോനൊരു മനോഹരമായി ഞാനങ്ങ് ആനന്ദിച്ചു പോയി എന്താ ഒരു അധ്യായം മുഴുവനും കാണാതറിയ അതോ ഒരു തപ്പില്ലാതെ ഒന്നല്ല പിന്നൊരുസം പറയുന്നു വേറൊരു അധ്യായം പറയുന്നു ബൈബിളില് കൊച്ചുകുട്ടിയാ പ്രിയപ്പെട്ടവരേ വേറെ അതുപോലെ പറയാൻ കഴിവുള്ള പിള്ളേരൂടെ ഇരിപ്പുണ്ട് പ്രായമായി പഠിക്കില്ല ഓർക്കില്ല ഞാൻ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ ഇപ്പൊ മനസ്സിലുള്ളൂ ഇപ്പൊ ഇപ്പൊ വായിക്കുന്നതൊന്നും മനസ്സിലങ് ഇരിക്കില്ല പ്രായമായില്ലേ ഈ നേർസ് എന്ന് പറയുന്ന നമ്മുടെ നാടികളുണ്ടല്ലോ അതൊക്കെ ഇത്തിരി ബലക്ഷയമാണ് പ്രായമായി വരുമ്പോൾ ആർക്കും വരും അപ്പം അങ്ങന അങ്ങനെ വരുമ്പോൾ ഓർമ്മയിൽ നിൽക്കില്ല വായിക്കും പക്ഷെ ഓർമ്മയിൽ നിൽക്കില്ല മുമ്പൊക്കെ വായിക്കുന്നതെല്ലാം അപ്പോൾ തന്നെ അവിടെ പതിഞ്ഞു കഴിഞ്ഞു അധികം വായിക്കണ്ട ഒറ്റ വായനയിലെല്ലാം ഉള്ളിൽ പതിഞ്ഞു പിന്നെ ഈ നമുക്ക് സന്തോഷത്തോടെ അതിൽ ആർത്തി കൊണ്ട് വായിക്കുമ്പോൾ കൂടുതൽ പതിയാൻ എളുപ്പമുണ്ട് ഒരു വിരസതയോടെ വായിച്ചാൽ എളുപ്പം പതിയില്ല കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടെടുപ്പ് അനുഭവിച്ചില്ലെങ്കിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ വീണ്ടെടുപ്പ് അനുഭവിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാനുള്ള രൂപാന്തരം സംഭവിക്കില്ല രൂപാന്തരം നടക്കുകയില്ല തീര നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം ഒരു ദിവസം ഇതെല്ലാം മാറിപ്പോയില്ലേ കാലങ്ങളെല്ലാം തീർന്നു പോകില്ലേ നന്നലെ പാടിയതുപോലെ കാലമെല്ലാം കഴിയും ഇന്ന് കാണുന്നതെല്ലാം അഴിയും പിന്നെ പുതുയുഗം വിരിയും സത്യമാണ് എല്ലാം മാറിപ്പോവും ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ സഞ്ചരിച്ച എന്തോ ഒരു സ്ഥലങ്ങളുണ്ട് അവിടം മനസ്സുകൊണ്ട് ഓർക്കാൻ പക്ഷേ പിന്നെ ആ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആളുകൾ അവിടെയെല്ലാം പോകാൻ നിങ്ങളുടെ ശരീരം സമ്മതിക്കാത്തൊരു കാലം വരില്ലേ ജീവനുള്ളപ്പോൾ തന്നെ ആയുസ് തന്നെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് വേണ്ട നിങ്ങളുടെ വീടിന് പുറത്ത് നിങ്ങളുടെ പറമ്പിൽ നിങ്ങളുടെ മുറ്റത്ത് നിങ്ങൾ ഓവനിച്ച് താലോലിച്ചു വളർത്തിയ ചെടികൾ അല്ലേ അതൊന്നും കാണാനൊന്നും എഴുന്നേറ്റ് പോകാൻ പോലും നിങ്ങൾ മുറിയിൽ എഴുന്നേക്കാൻ വയ്യാത്ത രീതിയിൽ കിടക്കുന്നൊരു കാലമില്ലേ വരാൻ പാടില്ലേ ഓർക്കൂ ആത്മാവിന്റെ വീണ്ടിട്ട് പ്രാവശിച്ചാൽ പിന്നെ ശക്തിയാണ് പിന്നെ ധൈര്യമാണ് പിന്നെ ഈ ലോകം എത്ര നിസ്സാരവും തോന്നിപ്പോവും ആത്മാവിന്റെ വീണ്ടെടുപ്പ് ദൈവത്തിന്റെ സ്തോത്രം ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഇത് കിട്ടിയ മനുഷ്യന് ലോകാവസാന ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നല്ല പ്രത്യാശയാണ് പേടിയല്ല പ്രത്യാശ നിങ്ങൾ അവന്റെ വരവിന് അടുത്തിരിക്കുന്നതുകൊണ്ട് നിവർന്ന് തലവെക്കുകയും നിവർന്ന് തലവെക്കുകയും നിവർന്ന് തലവെക്കാനുള്ള കാലമായി അലർട്ടാകാനുള്ള കാലമായി നല്ല വിജിലൻ്റാകാനുള്ള കാലമായി നല്ല ഉത്സാഹപരിതരായി എഴുന്നിൽക്കാനുള്ള കാലമായി ജാഗരൂകരായി നിൽക്കാനുള്ള കാലമായി അടുത്തു ഇന്നലെ നാം ഭൂകമ്പങ്ങളെ കുറിച്ച് ചിന്തിച്ചു കർത്താവ് പറഞ്ഞു ഇരുപത്തിനാലാം അധ്യായത്തിൽ ഭർത്താവ് ഇരുപത്തിനാലാം അധ്യായത്തിൽ നാം അതാണ് കണ്ടത് വായിച്ച ഇരുപത്തിനാല ഏഴ് ഞാൻ ക്രിസ്ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും പ്രസവ വേദന തുടങ്ങുന്നതിന്റെ ആരംഭമാണ് വലിയ കാര്യം നടക്കാൻ പോകുന്നു വലിയൊരു പ്രസവം നടക്കാൻ പോകുന്നു എന്താണത് ഈ ഭൂമിയുടെ ലോകത്ത് ഭൂമിയുടെ മണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ രൂപാന്തരപ്പെട്ട് അവൻ പറക്കാൻ പോകുന്നു അവൻ ഒരിക്കലും തീരാത്ത നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ക്രിസ്തുവരും ശിഷ്യന്മാർ ചോദിച്ചു കർത്താവേ നിന്റെ വരവിനും ലോകാവസാനത്തിന് മൂന്നാം വാക്യം അവൻ ഒലുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്ത് എന്നും അതിനെ യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊഴുവീൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേര് എടുത്തുവന്ന പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരുപ്പാൻ സൂക്ഷിച്ചു അത് സംഭവിക്കേണ്ടതുതന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാവും എങ്കിലും ഇതൊക്കെയും ഈ ഭൂകമ്പവും അവിടെ ഉണ്ടാകും ഇന്നലെ ഭൂകമ്പം എന്ന ഒരു ലക്ഷണത്തെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇന്ന് തുടങ്ങുന്നത് ക്ഷാമവും ഭൂകമ്പം ക്ഷാമം നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം യശ്യ പ്രവചനം ഒമ്പതാം അധ്യായം ഇരുപതാം വാക്യം ക്ഷാമങ്ങൾ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ക്ഷാമം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് ശാസ്ത്രം വളർന്നു എന്താ അഗ്രികൾച്ചറൽ റവല്യൂഷൻ എന്ന് പറയുന്ന കാർഷിക വിപ്ലവം ലോകത്തിലെ കർഷക വ്യവസ്ഥതിയെ കാർഷിക വ്യവസ്ഥതിയെ വളരെ ഉണർത്തി പുതിയ സാങ്കേതിക മാർഗങ്ങളും പുതിയ വളങ്ങളും പുതിയ കീടനാശിനികളും എല്ലാം ഉപയോഗിച്ചുള്ള കൃഷി പെരുകി ലോകത്തെമ്പാടും അതോടുകൂടി വിഭവങ്ങൾ കാർഷിക വിഭവങ്ങൾ വർദ്ധിച്ചു ശരിയാണ് പക്ഷേ ഏതാണ്ട് അവസാനം മുതല് ലോകത്തെ പലയിടത്തും അങ്ങ് പടർന്നു പിടിച്ചു പലയിടത്തും പടർന്നു പിടിച്ചു വായിച്ചു ഒരുത്തൻ വലത്തുഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും ഇടത്തുഭാഗം തിന്നും തൃപ്തി വരികയുമില്ല ഓരോരുത്തൻ താന്താൻറെ ഭുജത്തിന്റെ മാംസം തിന്ന് ഓരോരുത്തൻ താന്താന്റെ ഭുജത്തിന്റെ മാംസം തിന്നുകളുന്നു സ്വന്തം ശരീരത്തിൽ നിന്ന് കടിച്ചു തിന്നുന്നു വിശപ്പ് മരണവെപ്രാളം നിങ്ങൾക്കറിയാമോ ലോകത്ത് ഇന്ന് നൂറ്റൻപത് കോടിയോളം ജനം ഇന്ന് ക്ഷാമത്തിലാണ് നൂറ്റൻപത് കോടിയോളം ജനം ഒരു നേരം പോലും ശരിയായി ഭക്ഷണം കഴിക്കാനില്ലാതെ നൂറ്റൻപത് കോടിയോളം ജനം ഇന്ന് ക്ഷാമത്തിലാണ് വേറെ നിങ്ങൾ കേൾക്കൂ ഓരോ വർഷവും ദാരിദ്ര്യവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിമിത്തം ഭൂമിയിൽ മരിക്കുന്നത് ഒന്നര കോടിയോളം ആളുകൾ ഈ പട്ടിണിയും പട്ടിണി മരണങ്ങളും ഒന്നര കോടിയോളം ആളുകൾ ഓരോ വർഷവും മരിക്കുന്നു ഒന്നുകൂടി കേൾക്കൂ അത് ഞെട്ടിപ്പിക്കും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് പട്ടിണി മരണം മൂലം മരിക്കുന്നു പട്ടിണി പട്ടിണി മൂലം മരിക്കുന്നു പട്ടിണി മരണം ആയിരത്തി ഒരുന്നൂറ് പേര് നമ്മുടെ ഈ ഭാരതഭൂമിയിൽ സുഭിക്ഷമൊന്നും അല്ല ദൈവം ഭാഗ്യവശാൽ നമ്മുടെ ഈ കേരളക്കരയിൽ വാസ്തവത്തിൽ പല പല നന്മകളുണ്ട് ഐശ്വര്യങ്ങളുണ്ട് കുറെ കൂടി സമൃദ്ധിയും സുഭിക്ഷതയുമെല്ലാം നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ എന്നാണിതെല്ലാം മാറുന്ന ആർക്കറിയാം വലിയൊരു ക്ഷാമം വരാൻ പോകുന്നുവെന്ന് വിദഗ്ധന്മാര് മുൻകൂട്ടി അറിയിപ്പ് തരുന്നുണ്ട് വലിയൊരു ക്ഷാമം വരുന്നു എന്ന് വലിയൊരു ക്ഷാമം സഹോദരങ്ങളെ ആയിരത്തി ഒരുന്നൂറ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ദിവസം പഠനിമൂലം മരിക്കുന്നുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൽ എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ രേഖപ്പെടുത്തി പത്രത്തില് പത്രത്തിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിൽ അന്ന് ഇന്നത്തെ കണക്ക് എങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറ് പേര് ഓരോ ദിവസവും ഭരിക്കുന്നു അപ്പോഴൊരു വർഷം എന്താണ് ഒന്ന് ഓർത്തു നോക്കൂ ലോക ജനതയിൽ മൂന്നിൽ രണ്ട് ഭാഗം എന്നുവെച്ചാൽ മുക്കാൽ ഭാഗം മൂന്നിൽ മുക്കാൽ ഭാഗത്തോളം മൂന്നിൽ രണ്ട് ഭാഗം വയറു നിറയെ ഭക്ഷിപ്പാൻ ഇല്ലാത്തവരാണ് നിങ്ങളൊന്നോർക്കണം എന്തിനാ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ സ്തുതിക്കും അല്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പുറമേ ഒരു പക്ഷേ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഒന്ന് കർത്താവേ ഈ ലോകത്തെത്രയോ പേര് ഭക്ഷണി പാവങ്ങൾ ഒരു നേരത്തെ ഈ ആഹാരത്തിന് എനിക്ക് കർത്താവേ നിറയെ കഴിക്കാൻ ആഹാരം നീ തന്നല്ലോ എനിക്കിത് ഭക്ഷണം തന്നല്ലോ എൻ്റെ വെറുതെ മാറ്റിയല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ ഞാൻ വായിച്ചു ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ട്രെയിൻ കാത്തിരിക്കുക ട്രെയിൻ കാത്തിരിക്കുക അപ്പോഴദ്ദേഹം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു അത് കഴിച്ചിട്ട് ട്രെയിനിൽ കയറാം ട്രെയിൻ വരാൻ ഈ സമയമുണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷിപ്പ് ബാക്കിയുണ്ട് എച്ചിലും എല്ലാം കൂടി ചേർന്ന് അത് അങ്ങനെ തന്നെ പൊതിഞ്ഞ് അദ്ദേഹം ആ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടു നോക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെ വളരെ നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് നല്ലപോലെ നല്ല ഡ്രസ്സ് ചെയ്ത് സുന്ദരനായ സുമുഖനായ യുവാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെന്ന് ആ പൊതിയെടുത്തു ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി ആ പ്ലാറ്റ്ഫോമിൽ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി അത് തുറന്നു തിന്നുന്നു അദ്ദേഹം അത്ഭുതപ്പെട്ടു എൻ്റെ ദൈവമേ ഈ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത് അടുത്ത കാലത്തുണ്ടായ കാര്യമാണ് ഈ പറഞ്ഞത് സ്നേഹിതരെ പട്ടിണികൾ ക്ഷാമങ്ങൾ അന്ത്യകാല ലക്ഷണമാണ് അത് വർദ്ധിച്ചു വർധിച്ചു വരുന്നു നാം കേരളം മാത്രമേ കാണുന്നുള്ളൂ അതിനപ്പുറത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ പട്ടിണിയിലാണ് ബഹുഭൂരിപക്ഷം ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒരു ആഹാരം പോലും നിറയെ കഴിക്കാൻ മാർഗമില്ല കംബോഡിയ വിയറ്റ്നാം മുതലായ സ്ഥലങ്ങളിൽ ആഹാരത്തിന് മാർഗമില്ലാതെ വലയുന്നവരുണ്ട് നിങ്ങൾക്ക് കേൾക്കണമോ ഞങ്ങള് അമേരിക്കയിൽ ചെന്നപ്പോഴ് ഒരു ദിവസം ഞാനും അവിടെയുള്ള ഒരു ദൈവസനം കൂടെ നടക്കാനറങ്ങി നടക്കാൻ അപ്പം എൻ്റെ ഇമ്പ എൻ്റെ മനസ്സിലിരിക്കുന്നത് അവിടെ ഈ ഇത് എന്താ പട്ടിണിയൊന്നുമില്ല നല്ല സുഭിക്ഷമാണ് അമേരിക്ക സമ്പൽ സമൃദ്ധമായ രാജ്യമല്ലേ അവിടെ ഒരു പാർക്കിൽ അവിടെയാണ് നടക്കാനുള്ളൊരു സ്ഥലമുണ്ട് ഇങ്ങനെ ധാരാളം നടക്കാൻ സൗകര്യമുണ്ട് നടക്കുക അന്നേരം ഒരു മനുഷ്യൻ അത്ര പ്രായമില്ല പക്ഷെ ഇത്തിരി പ്രാഗതനായ മനുഷ്യൻ വസ്ത്രമൊക്കെ വളരെ മുഷിഞ്ഞ് വളരെ മുഷിഞ്ഞ് അയാളുടെ കയ്യിലൊരു ഒരു എയർ ബാഗ് ഉണ്ട് പക്ഷെ അത് മുഷിഞ്ഞ് ഏതാണ്ട് കീറിത്തുടങ്ങിയൊരു ബാഗ് അയാൾ അങ്ങനെ അതിലെ ഇങ്ങനെ വെറുതെ അലസനായി നടക്കുന്നു വെറുതെ നടക്കുന്നു എനിക്ക് ആഹാരം കഴിച്ചിട്ട് വല്ല നാളുകളായി എന്ന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതോട് ചോദിച്ചു ഇവിടെ ഇങ്ങനെ പട്ടിണി പാവങ്ങളുണ്ടോ പണ്ട് സാറേ നമ്മൾ ഈ സിറ്റിയൊക്കെ അല്ലേ കാണുന്നുള്ളൂ എന്തുമാത്രം ആളുകൾ ഇവിടെ പട്ടിണി പാവങ്ങളുണ്ട് പിന്നെ ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞ് കാണും വേറൊരു ഭാഗത്താണ് ഞങ്ങൾ നടക്കാൻ പോയത് അതും ഒരു പാർക്കാണ് നടക്കാനുള്ള സ്ഥലം അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യൻ അവിടെയുണ്ട് എനിക്ക് ആ സ്ഥലം തമ്മിലെന്തൊരു അകലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കുറഞ്ഞതൊരു അഞ്ചാറ് കിലോമീറ്ററെങ്കിലകളുണ്ട് അവിടെ ആ പാർക്കിൽ പോവം ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക വെറുതെ ഇങ്ങനെ ഇരിക്കുക ഒന്നും മിണ്ടുന്നില്ല ആരെയും നോക്കുന്നില്ല എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരിക്കുന്നു ഞങ്ങൾ ഒരവസരത്തിൽ പോരുമ്പഴ് ഈ സിഗ്നൽ കിട്ടിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യാൻ കാറ് സിഗ്നൽ കിട്ടണ്ടേ അപ്പൊ കുറെ നേരം കാത്തു കിടന്നു ട്രക്ക് സിഗ്നലില്ല ചുവന്ന സിഗ്നലില്ല അന്നേരം കൊണ്ട് എത്ര പേരായി അടുക്കളേക്ക് വരുന്നത് പാവങ്ങള് അമേരിക്കയിലെ കാര്യം പറയുന്നത് പാവങ്ങള് നിങ്ങൾക്കറിയാമോ സമ്പൽ അമേരിക്കയിൽ അവർ ഭിക്ഷയച്ചുകൊണ്ട് വരിക ഭിക്ഷയച്ചോണ്ട് അപ്പം അമേരിക്കയിൽ ഇന്ന് പട്ടിണി കൂടുകയാണ് വറുതി കൂടുകയാണ് അതിനേക്കാൾ എത്രയോ വെറുതെയാണ് സമ്പൽ സമൃദ്ധിയുണ്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ സമ്പൽ രാജ്യമായിട്ട് അറിയപ്പെടുന്നത് വെസ്റ്റ് വെസ്റ്റ് ജർമ്മനി പടിഞ്ഞാറൻ ജർമ്മനിയാണ് പടിഞ്ഞാറൻ ജർമ്മനിയൊക്കെ പട്ടിണിപ്പാവങ്ങൾ ധാരാളം നാം പലപ്പോഴും ഈ റോഡ് കാറിൽ പോകുമ്പോഴും കാണുന്നുണ്ടോ സഹോദരങ്ങളെ ലോകത്ത് ക്ഷാമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അന്ത്യകാല ലക്ഷണമാണ് അത് പെട്ടെന്ന് കൂടിക്കൂടി പെരികുവരുന്നു ജനസംഖ്യാ വർധനവ് ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വലിയ കെടുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമോ നമ്മുടെ ഈ കേരളത്തിൽ നല്ല കൂലിയുണ്ട് നല്ല ശമ്പളമുണ്ട് തൊഴിലവസരങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ബീഹാറിലേക്കോ അവിടെ യു പിയിലേക്കോ മധ്യപ്രദേശിലേക്കോ ഗുജറാത്തിലേക്കോ വരെ ചെന്നാൽ ഗ്വാളിയാർ അവിടെ മധ്യപ്രദേശിലൊക്കെ ചെന്നാൽ എന്തുമാത്രം പാവങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ മതി ജോലി വേണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്തെങ്കിലും കിട്ടിയാൽ മതി നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് എന്തെങ്കിലും കിട്ടിയാൽ മതി ജോലി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഈ കേരളത്തിൽ ഭാഗ്യവശാൽ ഇങ്ങനെയൊന്നുമില്ല ഈ എന്താ ചിലർ പറഞ്ഞില്ലേ ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ എന്താ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നു അതിലൽപ്പം കാര്യമുണ്ട് സമ്പൽ നാടാണ് കേരളം പ്രകൃതി അനുഗ്രഹിച്ച നാടാണ് ഇവിടുത്തെ മനുഷ്യരാണ് കുഴപ്പക്കാരെ അത് ഞാൻ പറയും ഇവിടെ ഈ ഉള്ളിൽ കുത്തും കിടമനസരവും തൊഴുത്തിൽ കുത്തും അല്ലേ അത് നമ്മുടെ വിഷയമല്ല അതിലേക്ക് കിടക്കണ്ട പക്ഷെ ഒന്ന് നിങ്ങൾ അറിയൂ ക്ഷാമം കൂടിക്കൂടി വരുന്നു മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ആറാം ഇരുപത്തിനാലാം അധ്യായം ആറാക്യം യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു അതാ സംഭവിക്കേണ്ടതുതന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി രാജ്യം രാജ്യത്തോടും എതിർക്കും ജാതി എതിർക്കുന്നു വർഗ വിദ്വേഷങ്ങൾ വർഗ്ഗസമരങ്ങൾ നിങ്ങൾ ചോദിക്കും എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലേ ശരിയാ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ ഈ കേരളത്തിൽ എന്ത് എന്ത് ഐക്യമായിരുന്നു വാസ്തവത്തിൽ ഓരോ ജാതിക്കാര് തമ്മിൽ ഓരോ ജാതിക്കാര് ഹൈന്ദവരും ക്രിസ്ത്യാനികളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞൊരു കാലം എനിക്കോർമ്മയുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഹൈന്ദവർ അത് എത്ര വാത്സല്യത്തോടെ എന്നോട് പെരുമാറിയിട്ടുണ്ട് ഇന്നില്ലെന്നല്ല തേമസ് അടുത്ത സമയത്തും അവിടെ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു നായർ തറവാട്ടിലെ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചു ഞങ്ങൾ പോയി അവിടെ ചെന്നു ഞാനും അലീസും അവിടെ പോയി ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് അന്ന് ആ സമയത്ത് ഭക്ഷണം കഴിക്കാവുന്ന സമയമല്ലായിരുന്നു അതുകൊണ്ട് കഴിച്ചില്ല പക്ഷേ ഞങ്ങളവിടെ പോയി ഇന്നും സ്നേഹവും ബഹുമാനവും ഉള്ള ആളുകൾ ഹൈന്ദവരൊക്കെ ഉണ്ട് ധാരാളം പേരുണ്ട് ഞങ്ങളുടെ ചുറ്റുപാട് ഒത്തിരി കഴിഞ്ഞാൽ മുസ്ലിംങ്ങൾ ധാരാളം താമസിക്കുന്ന സ്ഥലമാണ് പട്ടിമുറ്റം മുസ്ലിമങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സഹരിച്ചിരുന്നൊരു കാലം പ്രിയപ്പെട്ടവരെ ഇന്നോ ഇന്ന് വേറൊരു കൾച്ചറായിപ്പോയി വർഗവിദ്വേഷം വർദ്ധിക്കുന്നു വർഗീയ ചിന്താഗതികൾ വർദ്ധിക്കുന്നു മതവൈരാഗ്യം വർദ്ധിക്കുന്നു പണ്ട് പാലാ നാരായണന്മാരെന്ന് പറഞ്ഞൊരു മലയാള കവി ഒരു നല്ല കവിത എഴുതി കേരളം വളരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നഞ്ചം രാജ്യങ്ങളിൽ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നഞ്ചന്യം രാജ്യങ്ങളിൽ കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചൂടൊത്തു നിൽക്കും ഈ മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോയി പുലരുന്നിതത്രയോ ശതാബ്ദമായി കേരവും മന്ദാരവും പൂകവും പുനാഗവും കേവല ചുവടൊത്ത് നിൽക്കും ഈ മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നിതെത്രയോ ശതാബ്ദമായി നൂറ്റാണ്ടുകളായി ഒന്നുപോലെ പുലർന്നതാണ് ഒരുപോലെ കഴിഞ്ഞതാണ് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അങ്ങനെ നമ്മുടെ നാടൻ പ്രദേശത്ത് അയക്കു പോയി എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാൽ ഇന്ന് നാം കേൾക്കുന്നതായ പല പല സംഭവങ്ങളും മതവൈരാഗ്യത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതല്ലേ പല അനിഷ്ട സംഭവങ്ങളും ഓരോരോ സ്ഥലങ്ങളിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ ആരാധനാ സ്ഥലങ്ങൾ കയറി ആക്രമിക്കുന്നതായ കാര്യങ്ങൾ ദൈവവേലയെ തടുക്കുന്നതായ കാര്യങ്ങൾ ഇതെല്ലാം ആ ഐക്യം പൊയ് പോവുകയല്ലേ മനുഷ്യന് വേണ്ടത് സ്നേഹമല്ലേ മനുഷ്യൻ ഹൈന്ദവനാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ലോ മനുഷ്യൻ മനുഷ്യനല്ലേ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം അത് ക്രിസ്ത്യാനി മാതൃകാണിച്ച് കൊടുക്കണം നിർഭാഗ്യവശാൽ ഇന്നത്തെ നവധേയ ക്രിസ്ത്യാനികൾക്ക് അവരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്യുന്നത് എന്തിനെ മറ്റു കുറ്റം പറയണം എന്തിനെ ഒരു മതത്തിലുള്ളവനെ ഇങ്ങോട്ട് വിളിക്കാൻ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വേണ്ടി വ്യക്തപ്പെടണം തെറ്റാണ് തെറ്റാണ് പക്ഷെ ഒരാൾ ഒന്ന് മതം മാറി മനം മാറി ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ അത് അവന്റെ സ്വമേധയായുള്ള തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന് തീർച്ചയായിട്ടും ആരും വിലകളി വെക്കുകയും വരുന്നത് വ്യക്തി സഹോദരങ്ങളെ ഞാൻ കേരളത്തിന്റെ കാര്യം മാത്രമല്ല ഇന്ത്യ ഇന്ന് പുകയുകയാണ് ഭാരതഭൂമി ഇന്ന് പുകയ്യുകയാണ് എന്തില്ല അക്രമങ്ങൾ ഈ മാറാടിലുണ്ടായ ഇലഹള അത് മതവൈരാഗ്യത്തിൽ നിന്നുണ്ടായതല്ലേ വർഗസമരത്തിൽ നിന്നുണ്ടായതല്ലേ ഗുജറാത്തിലുണ്ടായ വലിയ വലിയ അതിക്രമങ്ങൾ അക്രമങ്ങൾ ജാബുവായി അവിടെ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അപകടത്തിലാക്കിയത് പ്രിയപ്പെട്ടവര് അതല്ല ഒറീസയിലെ ഗ്രഹാം സ്റ്റെയിൻസ് രണ്ട് കുഞ്ഞുങ്ങളോടുകൂടി ചുട്ടുകരിക്കപ്പെട്ടത് എല്ലാം ഈ മതവൈരാഗ്യത്തിന്റെ വർഗവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന സംഭവങ്ങളല്ലേ ദൈവത്തിന് സ്തോത്രം അന്ത്യകാലം യുദ്ധങ്ങൾ യുദ്ധസമൃതികൾ ഇതെല്ലാം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പുറം ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും രാജ്യത്തിനകത്ത് ജാതിക്ക് അകത്ത് തന്നെ എതിർപ്പ് ജാതി ഓരോ ജാതിയിലും പരസ്പരം ഭിന്നത മുസ്ലിങ്ങളിലെ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ കടുത്ത മത്സരം പഞ്ചാബിലെ സിഖുകാരും ഹൈന്ദവരും തമ്മിൽ ഭയങ്കര വൈരാഗ്യം ഭാരതത്തിൽ പലയിടത്തും ഹൈന്ദവരും ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് ഒരു വലിയൊരു നല്ല കാര്യം ചെയ്യുന്നതായിട്ടാണ് അനേകം ഹൈന്ദവ സഹോദരന്മാർ കരുതുന്നത് ദൈവത്തിന് സ്തോത്രം ഇതിനപ്പുറം യുദ്ധങ്ങൾ എന്തെല്ലാം യുദ്ധങ്ങൾ ഒന്നല്ല മോഹായുദ്ധം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് യുദ്ധം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെ നാൽപ്പത്തിയഞ്ച് വരെ നടന്ന രണ്ടാം ലോകമായ യുദ്ധം അതിനുശേഷം അറുപത്തേഴിൽ നടന്ന അറബി ഇസ്രായേൽ യുദ്ധം ഭയങ്കരങ്ങളായ യുദ്ധങ്ങൾ ദൈവത്തിന് സ്തോത്രം റഷ്യയും ജപ്പാനും കൂടിയുള്ള യുദ്ധം ബാൾക്കൻ യുദ്ധം കൊളംബിയൻ യുദ്ധം കൊറിയൻ യുദ്ധം വിയറ്റ്നാം യുദ്ധം ഇറാഖ് ഇറാഖ് യുദ്ധം ഗൾഫ് യുദ്ധം ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം ഇൻഡോ ചൈന യുദ്ധം ഈ കാലങ്ങളിൽ അടുത്തടുത്തുണ്ടായ അടുത്തെന്ന് വെച്ചാൽ ഏതാനും വർഷങ്ങളിലുണ്ടായ കാര്യങ്ങളാണ് ഇന്നും എല്ലാം തകിടംമറിഞ്ഞിട്ട് പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു ഒരു കാര്യം നിങ്ങളറിയൂ വേദപുസ്തക പ്രകാരം ഒടുവിലത്തെ യുദ്ധരംഗം ഇസ്രായേലാണ് മഴക്കോള പോലെ കയറി വരുമെന്ന് വേദപുസ്തകം പറയുന്നു ആര് റഷ്യൻ സൈന്യം വടക്ക് കയറി വരുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ റഷ്യ അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ ആയി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷം റഷ്യ കേന്ദ്രമായി യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ചേർന്ന് ഒരു വലിയ യൂണിയൻ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന് ഒരു വലിയ യൂണിയൻ എന്തൊരു കെട്ടിറപ്പായിരുന്നു ലോകമഹാശക്തിയായി വൻ ആ വനശക്തിയാണ് പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ വളരെ മുൻപ് നിന്നത് കേൾക്കൂ ഈ അടുത്ത കാലത്ത് സോവിയറ്റ് യൂണിയൻ ഭിന്ന ഭിന്നമായി യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വിട്ടുപോയി യൂറോപ്യൻ രാജ്യങ്ങള് യുഗോസ്ലാവിയ ഹംഗറി ചെക്കോസ്ലാവാക്കിയ ഈ പിന്നെ പോളണ്ട് ഇതെല്ലാം വിട്ടുപോയി സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോയി എല്ലാവർക്കും മനസ്സിലാവില്ല സാരമില്ല വിട്ടുപോയി എന്നാൽ റഷ്യ ബലം കുറഞ്ഞു റഷ്യ ഒറ്റയ്ക്കായി അവിടെ പട്ടിണിയായി അവിടെ റഷ്യൻ രൂപയ്ക്ക് വിലയില്ലാതായി ഒരു ഊണിന് രണ്ടായിരമോ മൂവായിരമോ റഷ്യൻ നാണയം കൊടുക്കണം റഷ്യൻ റൂബിൾ റഷ്യൻ രൂപ കൊടുക്കണം രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം രൂപ കൊടുത്ത ആഹാരം വിലയില്ല പ്രിയപ്പെട്ടവരെ എന്താണുണ്ടായത് റഷ്യ വലഞ്ഞു അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു അവിടുത്തെ നേതൃത്വം ചിഹ്നഭിന്നമായി അനേകം രാജ്യങ്ങൾ വിട്ടുപോയി ഞാൻ മാത്രമല്ല പലരും വേദവസ്ഥ അറിയാൻ ശ്രമിക്കുന്ന പഠിക്കാൻ ശ്രമിച്ച പലരും വേദവസ്ത ഇസ്രായേലിനെതിരെയുള്ള അടുത്ത ലോകമഹായുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് റഷ്യ നേതൃത്വം കൊടുക്കേണ്ടതാണ് ഇതുവരെ റഷ്യൻ നേതൃ വന്നില്ല ഇതുവരെ അറബികളാണ് പക്ഷേ വേദവസ്ഥ വടക്കു മഴക്കൂട് പോലെ കയറി വരുമെന്നാണ് വചനം യൂറോപ്യൻ രാജ്യങ്ങൾ വടക്കുക എന്നല്ല ഇസ്രായേലിനെതിരെ വരണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറഞ്ഞ പോളണ്ടും ചൊക്കോസലവാക്കിയും ഹംഗറിയും ഇതെല്ലാം പടിഞ്ഞാറ് എന്നാണ് വരേണ്ടത് പിന്നെ എങ്ങനെയാണ് വടക്കതെന്ന് വരും എന്ന് റഷ്യയെ തന്നെയാണ് കുറിക്കുന്നത് ഈ എഹസ്കേലിന്റെ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായ എടുക്കാം മുപ്പത്തിയെട്ടാം അധ്യായ ഒന്നാം വാക്യം യഖോബയുടെ എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര രോ എന്നിവയുടെ പ്രഭുവായി മഗോ ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു റോസ്മേസക് തൂവൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു അതെ ആരാ പറയുന്നത് പറയുകയാണ് ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഗോഗ് മാഗോഗ് ഈ മാഗോഗോളിയ ചൈന ഉൾപ്പെടെ പ്രദേശങ്ങളാണ് ഗോകിനോട് പറയുന്നു ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു റോസ്മേസക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു മനുഷ്യപുത്ര റോസ് മേസക് തൂബൽ റോസ് എന്ന് പറയുന്നത് റഷ്യയുടെ പേരാണ് മേസക് എന്ന് പറയുന്നത് മോസ്കോയുടെ പേരാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോ വേദപുസ്തകം എഴുതി കാലം കഴിഞ്ഞാണ് മോസ്കോ വരുന്നത് അതിനും പെട്രോഗ്രാഡ് ആയിരുന്നു ഈ റഷ്യയുടെ തലസ്ഥാനം പെറ്ററോഗ്രാഡ് ആയിരുന്നു ചരിത്രം അറിയാവുന്നവർക്കറിയാം എന്നാൽ പീറ്റർ എന്ന് പറയുന്ന ആ ചക്രവർത്തിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ആ നഗരം അത് മുന്നോട്ട് വന്നപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ മോസ്കോ എന്നുള്ള പേര് അവർ സ്വീകരിച്ചു ഒന്നും യാദൃശ്യമല്ല ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഓരോന്ന് പരിധി നോക്കുമ്പോൾ കാണാം എല്ലാം എല്ലാം ദൈവ നിശ്ചയങ്ങളാണ് ദൈവീക ചേർന്നാണ് പോകുന്നത് ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ റേഡിയോ ഉണ്ടല്ലോ വേദപുസ്തക വളരെ മുൻകൂട്ടി രണ്ടായിരത്തി എഴുന്നൂറോളം വർഷം മുമ്പ് പ്രവാചകം പറഞ്ഞതാണ് ഇന്നത്തെ ഈ ടി ഉണ്ടല്ലോ അത് ടി വി ടി വി വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നാം ബൈബിൾ ക്ലാസ്സിൽ പെട്ട് പഠിച്ചില്ലേ വെളിപ്പാട് പുസ്തകം പതിനൊന്നാം കുറിച്ച് പറയുന്നത് എറുസ്ലേമിന്റെ തെരുവീതിയിൽ കിടക്കുന്ന ശവങ്ങൾ സകല ഗോത്രക്കാരും സകല ഭാഷക്കാരും സകല വംശക്കാരും സകല ജാതിക്കാരും സകല ദേശക്കാരും കാണും മൂന്നര ദിവസം സകലദേശക്കാരും സകല ഭാഷക്കാരും സകല ജാതിക്കാരും സകലദേശക്കാരും കാണണമെങ്കിൽ എറുസലേമിന്റെ തരുവിൽ കിടക്കുന്ന ശവം എല്ലായിടത്തും എത്തണമെങ്കിൽ കാണാൻ പറ്റണമെങ്കിൽ ടെലിവിഷൻ വേണ്ടേ ടി വേണ്ടേ പ്രിയപ്പെട്ടവരെ അന്നേ സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തി വെച്ചു വെളിപ്പാട് പതിനൊന്നാം അധ്യായം ദൈവത്തിന്റെ സ്തോത്രം മഹാനെ മഹാനഗരത്തിന്റെ അവരുടെ ശവം കിടക്കും സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും കാണുക മൂന്നര ദിവസം ആ ശവം വെച്ചിരിക്കും ഓർക്കൂ ഇതെല്ലാം എല്ലാവരും കാണാൻ പറ്റുന്നു ഇന്നത്തെ ഈ ഗോളാന്തര യാത്രയുണ്ടല്ലോ ബഹിരകാശ യാത്ര ചന്ദ്രനിലേക്ക് പോയത് ചൊവ്വായിലേക്ക് പോകാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നത് ഇതെല്ലാം എന്താണ് ഓപദ്വിന്റെ പുസ്തകം നാലാംവാക്യം വായിക്കാം ഓപദ്യാവ് നാലാംവാക്യം ഓപദ്ധ്യാവിന്റെ പുസ്തകം നാലാംവാക്യം അധ്യായം മാത്രമുള്ള പുസ്തകമാണ് അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് പാടാ നീ കഴുകനെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും ഞാൻ നിന്നെ അവിടെ നിന്ന് ഇറക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ എളപ്പാട് ഇരമ്യ പ്രവചനം നാൽപ്പത്തിയൊമ്പതിന്റെ പതിനാറ് എടുക്കാം ഇരമ്യ നാൽപ്പത്തി ഒമ്പതിന്റെ പതിനാറ് പാറപ്പിളർപ്പുകളിൽ പാർത്ത് പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ കുന്നുകളുടെ മുകളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകനെ നിന്റെ കൂടെ ഉയരത്തിൽ വെച്ചാലും നീ കഴുകനെ നിന്റെ കൂടെ ഉയരത്തിൽ വെച്ചാലും അവിടെ ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറും ഞാൻ നിന്നെ താഴെ ആമോസിന്റെ പ്രവചനം എടുക്കും ആമോസിന്റെ പ്രവചനം ഒൻപതാം അധ്യായം രണ്ടാം വാക്യം അവർ പാതാള ത്തിൽ തുരന്നു കിടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും പ്രിയപ്പെട്ടവരെ മൂന്നലൗമാുദ്ധത്തിലെ യുദ്ധക്കളം യുദ്ധഭൂമി ഈ ഭൂമിയല്ല ആകാശത്തിലാണ് ആകാശയുദ്ധങ്ങളാണ് ആകാശയുദ്ധങ്ങൾ സഹോദരങ്ങളെ യുദ്ധങ്ങളിതാ അതിനു പറ്റിയ രീതിയിലുള്ള പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ച് പുതിയ വിദ്യകൾ കണ്ടുപിടിച്ച് മനുഷ്യൻ ആ രീതിയിൽ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ കൊണ്ട് മനുഷ്യനെ കൊല്ലാനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കറിയാമോ റഷ്യ ഇന്ന് ഒന്ന് ഉണർന്നിരിക്കുകയാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണർന്ന് വരികയാണ് അവിടെ റഷ്യ ഇന്ന് അല്പം കനപ്പിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗോർബച്ചേവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു റഷ്യൻ ഗോർബച്ചേവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇതുവരെ അങ്ങനെയൊന്നും മെണ്ടാൻ ധൈര്യപ്പെടാതിരുന്ന ആളാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ മിണ്ടിത്തുടങ്ങി നല്ല തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ അഹങ്കാരത്തോടെ സംസാരിക്കുകയാണ് എന്താണ് ആ ആരെയും എല്ലുന്ന രീതിയിൽ റഷ്യ വളരാൻ പോകുന്നു അന്ത്യകാലത്ത് സംഭവിച്ചേ പറ്റൂ അന്ത്യകാലത്ത് ഈ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ഇസ്രായേലിൻ്റെ നേരെ വന്നേ പറ്റൂ നേരെ വരും സഹോദരങ്ങളെ അന്ന് അവിടെ വരുമ്പോൾ എന്താണ് നടക്കുന്നത് നമുക്ക് വായിക്കാം എസ്കേലിന്റെ പ്രവചനം എഹ് പ്രവചനത്തിൽ അത് നമുക്ക് വായിക്കാം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇസ്രായേൽ അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ ഏഴു മാസം വേണ്ടിവരും അന്ന് ഞാൻ ഗോകിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും ഗോകിനെ ഇസ്രായേലിൽ ശ്മശാന ഭൂമി കൊടുക്കും ഇസ്രായേലില് ഈ ഗോകിന്റെ ആളുകൾ റഷ്യയുടെ സൈന്യം ചത്തൊടുന്നു അന്ന് ഞാൻ അന്ന് ഞാൻ ഗോകിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും കടലിന് കിഴക്ക് വശത്ത് വഴിപോക്കരുടെ താഴ്വരക്ക് അത് വഴിമുടക്കമായി തീരും അവിടെ അവർ ഗോകിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും അവർ അതിന് ഹമാൻ ഗോഗ് ഗോകു പുരുഷാരത്തിന്റെ താഴ്വര എന്ന പേര് വിളിക്കും ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്തു ഏഴു മാസം വേണ്ടിവരും ദേശത്തിലെ ജനം എല്ലാം കൂടി അവരെ അടക്കം ചെയ്യും ഏഴു മാസം കൊണ്ട് ഈ സൈന്യത്തെ അവര് ശവങ്ങളെ അടക്കി തീർക്കാൻ പറ്റുകയുള്ളു ദേശം വെടിപ്പാക്കണം ഏഴു മാസം വേണ്ടി വരുമെന്ന് ഇസ്രായേൽ വലിയൊരു ജയം പ്രാപിക്കും പക്ഷെ പിന്നെ വലിയ പരാജയം വരാൻ പോകുന്നുണ്ട് അത് ബൈബിൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ വലിയൊരു വിജയം കിട്ടും വെച്ചടം വെച്ചടം കയറിപ്പോകും ഉയർന്നുയർന്നു പോകും ആരെല്ലാം തടുത്താൽ നിൽക്കിയില്ല യഹൂദാതി വളരും യഹൂദജാതി ഉയരും ഇസ്രായേലിനെ കുറിച്ച് പറയാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം അന്തികാലക്ഷങ്ങളിൽ ഒന്ന് ഇസ്രായേലിന്റെ ഉണർവാണ് ഇസ്രായേലിൻ്റെ ആ ഭൗതികമായ ഐശ്വര്യമാണ് ഇസ്രായേൽ തളിർക്കുന്നതാണ് അന്തികാലക്ഷങ്ങളിൽ ഒന്ന് അത്തിയെ നോക്കി അതിന് കൊമ്പ് ഇടതായി ഇല്ല തളർക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അത്തി യഹൂദനെ കാണിക്കുന്നു യഹൂദൻ തളർക്കുന്നു നാനാദേശങ്ങളിൽ നിന്ന് യഹൂദൻ അടുത്തു വരുന്നു അത് പിന്നെ നമുക്ക് അവസാനത്തെ ക്ലാസ്സിൽ പക്ഷെ പറയാൻ പറ്റിയേക്കും ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ യുദ്ധങ്ങൾ ധാരാളം ധാരാളം ഒരിടത്ത് സമാധാനമില്ല നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കോടി ഡോളർ ആണ് ഓരോ ദിവസവും സൈനിക ആവശ്യങ്ങൾക്കായി ലോകത്തിലെമ്പാടും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ഡോളർ എണ്ണൂറ്റിയമ്പത് കോടി ഡോളർ ഞാൻ പറഞ്ഞത് ഡോളർ എന്ന് പറഞ്ഞേ രണ്ടായിരത്തി കോടി ഡോളർ ഓരോ ദിവസവും സൈനിക ആവശ്യങ്ങൾക്കായി യുദ്ധാവശ്യങ്ങൾക്കായി സൈന്യങ്ങളുടെ ചെലവിനായി ആയുധ നിർമ്മാണത്തിനായി ആയുധം മെയിൻ്റെ ചെയ്യുന്നതിനായി ആയുധങ്ങൾ സംഭരിക്കുന്നതിനായി അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനായി ലൈസർ ബോംബുകൾ ഉണ്ടാക്കുന്നതിനായി ന്യൂട്രോൺ ബോംബുകൾ ഉണ്ടാക്കുന്നതിനായി രാസായുധങ്ങൾ ഉണ്ടാക്കുന്നതിനായി ടിയർ ഗാസ് മസ്റ്റാഡ് ഗ്യാസ് മസ്റ്റാ ഗ്യാസ് ഈ ഗ്യാസുകൾ ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കുകയാണ് കെമിക്കൽ വെപ്പൺസ് രാസായുധങ്ങൾ ജൈവായുധങ്ങൾ ബയോളജിക്കൽ വെപ്പൺസ് ജൈവായുധങ്ങൾ നിങ്ങൾ കേട്ടില്ലേ അമേരിക്കയിലെ ചിലർക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കവറ് കൊടുക്കും അവരുടെ പേരിൽ അഡ്രസ്സിൽ വരുന്നതാ ആ കവറ് തോന്നു നോക്കുമ്പോൾ ആന്ത്രാക്സിന്റെ പൊടിയാണ് ആ കവറ് വിടർത്തിയാൽ അത് ഏതെങ്കിലും കാരണവശാൽ മനുഷ്യൻ തൊട്ടുപോയാൽ ആന്ത്രാക്സ് പകർന്നു കഴിഞ്ഞു മഹാവ്യാധി സ്മോൾ പോക്സിന്റെ പൊടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മസൂരി രോഗം മാറിയ നാടുകളിൽ സ്മോൾ പോക്സ് വിതറുകയാണ് ഇന്ന് ഈ പെട്ടെന്ന് ആളുകളെ കൊല്ലുന്ന വീർമൂട്ടിച്ചു കൊല്ലുന്ന കത്തിച്ചു കൊല്ലുന്ന അങ്ങനെയുള്ള ബോംബുകളെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ബോംബുകൾ രാസായുധങ്ങളും ജൈവായുധങ്ങളും മസൂര് രോഗം മസൂര് അണുക്കൾ അത് അതെല്ലാം നല്ലപോലെ കണ്ടീഷൻ ചെയ്ത് പൊടിയാക്കി ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ക്രാക്കിൻ്റെ കയ്യിൽ അതുകൊണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്നാണ് കണ്ടുപിടിച്ച് കാരണം അന്നേ അവർ മാറ്റിക്കഴിഞ്ഞു യുദ്ധം വരാൻ പോകുന്നുണ്ടപ്പോൾ അവരത് മാറ്റി ഇറാഖിനോട് യുദ്ധം ചെയ്ത നിസാരമൊന്നുമല്ല ഇറാഖിന്റെ പക്ഷത്തായി ഈ രാസായുധങ്ങളും ജൈവായുധങ്ങളും ധാരാളം ഉണ്ടായിരുന്നു പ്രയോഗിച്ചതാണ് കഴിഞ്ഞ് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് പ്രയോഗിച്ചതാണ് ഈ രാസായുധങ്ങൾ മനുഷ്യൻ വീർപ്പുമൂട്ടി അങ്ങനെ വീർപ്പുമൂട്ടി വീർപ്പ് മൂട്ടി ചാകുന്നതായ മസ്റ്റേഡ് ഗ്യാസ് എന്താണ് മസ്റ്റേഡ് ഈ കടുക് കടുകിൽ നിന്നുണ്ടാക്കുന്നതായ ഗ്യാസുകൾ വിഷവാതകങ്ങൾ വിഷവാതകങ്ങൾ ദൈവത്തിന് സ്തോത്രം മനുഷ്യന്റെ ബുദ്ധി അങ്ങ് വളർന്നു മനുഷ്യന്റെ ബുദ്ധി പലതും കണ്ടുപിടിച്ചു പക്ഷേ തന്നെ കൊല്ലാൻ കണ്ടുപിടിച്ചു മറ്റുള്ളവരെ കൊല്ലാൻ കണ്ടുപിടിച്ചു മറ്റുള്ളവരെ നശിപ്പിക്കാൻ കണ്ടുപിടിച്ചു മനുഷ്യനന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല ഇതെല്ലാം മനുഷ്യന്മയ്ക്ക് വേണ്ടി വെച്ചിരുന്നെങ്കിൽ ഈ അണുശക്തി മനുഷ്യനന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒരിടത്തും ഇലക്ട്രിസിറ്റിക്ക് ക്ഷാമം വരില്ലായിരുന്നു അണുശക്തി അത് നല്ല രീതിയിൽ ചെലവഴിക്കാമായിരുന്നു പക്ഷെ അത് മനുഷ്യനെ കൊല്ലാനും നാടുകൾ മുടിക്കാനും എല്ലാം കത്തിച്ചുകളയാനും ഉപയോഗിക്കുകയാണ് പുതിയ ബോംബുകൾ ഹൈഡ്രജൻ ബോംബ് കോബാൾട്ട് ബോംബ് പുതിയ ബോംബുകൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും യുദ്ധശ്രുതികൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഭയപ്പെടേണ്ട കാര്യങ്ങളാണ് ഈ ജൈവായുധങ്ങൾ മൂലം സംഭവിക്കുന്ന കാര്യം ബൈബിളിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ജൈവായുധം മൂലം സംഭവിക്കുന്നത് സഹരിയാ പ്രവചനം വായിക്കാം അധ്യായം ചെയ്ത സകല ജാതികളെയും ശിക്ഷയാത് അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞ് അഴുകിപ്പോകും നിവർന്ന് ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാൻ ഉള്ള ശിക്ഷയാവിത് അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ചീഞ്ഞ് അഴുകിപ്പോകും ശരിയായിട്ട് ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ പ്രവർത്തിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിലൊരു വേദന പോലെ ശരീരത്തിലെ അവരുടെ വേദന ചീഞ്ഞഴുകിപ്പോവും ശരീരത്തിലെ മാംസം ചീഞ്ഞഴുകിപ്പോവും നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ും തന്നെ ചീഞ്ഞഴിഞ്ഞു പോകും എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ രാസായുധങ്ങളുടെ ഈ ആയുധങ്ങൾ ഇങ്ങനെ സംഭരിച്ച് വയ്ക്കുകയാണ് സംഭരിച്ച് കൂട്ടുകയാണ് കഴിഞ്ഞ ദിവസം ഗോർവച്ചേവ് പറഞ്ഞു അമേരിക്കയോട് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരും ആയു അണുവായുധം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുതെന്ന് പറയുന്നല്ലോ നിങ്ങളെന്താ നിർത്താത്തത് തൻ്റെ അടുത്തോടെ ചോദിച്ചത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു അണുവായുധ നിരോധനം അണുവായുധ ആരും ഉണ്ടാക്കരുത് നിങ്ങൾ ലോക പോലീസി ഇങ്ങനെ പറയുന്നു പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് നിർത്തുന്നില്ല ഗോർവച്ച റഷ്യൻ ഭരണാധികാരി ആയിരുന്ന ഗോർവച്ചവ് ധൈര്യത്തോട് ചോദിച്ചു സഹോദരങ്ങളെ ഇന്ന് വൻ ശക്തിയായി അമേരിക്കയെ വെല്ലുവിളിക്കുന്നതായ പല പല രാജ്യങ്ങൾ ഉയർന്നുവരുന്നു പ്രത്യേകിച്ചും ഇറാഖെല്ലാം അങ്ങനെയാണല്ലോ വളർന്നു വന്നത് പക്ഷെ ഇറാഖിന് ഇപ്പോഴത്തെ യുദ്ധം മൂലം ഇങ്ങനൊരു വന്നില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിനെ ഇറാഖ് നശിപ്പിച്ചേനെ പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു റഷ്യ വന്നാണ് ഇസ്രായേൽ നശിപ്പിക്കാൻ അതുകൊണ്ട് ഇറാഖിനെ വന്ന് അമർത്തേണ്ടത് ആവശ്യമാണ് ബൈബിൾ ആവശ്യമാണ് അല്ലെങ്കിൽ ഇറാഖ് വൻ ശക്തി ലോകത്തിലെ വൻ ശക്തികൾ നാൽ നാലാമത്തെ ശക്തിയാണ് ഇറാഖ് ചെറിയ കാര്യമല്ല ശക്തിയാണ് പണ്ടത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ തുർക്കി രാജ്യത്തിലെ ഭാഗമായിരുന്നു ഈ ഇറാഖ് എന്നാൽ ഇറാഖ് രൂപം കൊണ്ടത് ഇറാഖെന്ന പേരിൽ രൂപം കൊണ്ട് സദ്ദാം ഹുസൈൻ അവിടുത്തെ പ്രസിഡന്റ് അത് ഒന്നാം ലോക യുദ്ധം ശേഷമാണ് അല്ല രണ്ടാം ലോകമായ കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ഇറാഖിനെ കേന്ദ്രീകരിക്കുന്നത് ബൈബിൾ പറയും വെളിപ്പാട് ദിവസം പതിനെട്ടാം മധ്യം പറയും മഹദീയാമ്പാബിലോണേ നീ എങ്ങനെയാണ് വീണുപോയത് എത്ര പെട്ടെന്ന് നീ വീണുപോയി മഹദീയാമ്പാബിലോ ഇറാഖാണ് വലിയ വലിയ യുദ്ധക്കെടുതികൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു അത് തകർന്നു ഒറ്റ ദിവസം തന്നെ മുടിഞ്ഞു പോകും അയ്യോ പതിനെട്ടിന്റെ പതിനെട്ടിന്റെ രണ്ട് പത്ത് അയ്യോ അയ്യോ മഹാനഗരമായ ബാബുലോനെ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ ഒരു മണിക്കൂർ കൊണ്ട് ന്യായവിധി വന്നല്ലോ ദൈവത്തിന് സ്തോത്രം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എല്ലാം തകർന്നില്ലേ അങ്ങനെ ഒരു കാലം വരാൻ പോകുന്നുണ്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ തകർച്ചയൊന്നും സാരമില്ല വലിയ തകർച്ച വരാൻ പോകുന്നു യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ദൈവത്തിന് സ്തോത്രം ഏർ നിങ്ങൾക്കറിയാമോ ഞാൻ ഈയിടെ വായിച്ചു ഞാൻ അമ്പരന്ന് പോയി ഈ വിമാനങ്ങൾ വിമാനങ്ങൾ ആകാശത്തുകൂടി പോകുന്ന വിമാനങ്ങൾ അത് പറന്ന് പോകുമ്പോൾ തന്നെ അതിൻ്റെ റാഡാർ സിസ്റ്റം സ്തംഭിപ്പിക്കാൻ വിദൂരങ്ങളിൽ നിന്ന് അതിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം സ്തംഭിപ്പിക്കാൻ വിദൂരങ്ങളിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് ഇലക്ട്രോ മാഗ്നറ്റിക് രശ്മികൾ അയയ്ക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ല ആകാശത്തിലൂടെ പറന്നുപോകുന്ന വിമാനം പെട്ടെന്ന് നിശ്ചലമാകും ഇന്ന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് ഇലക്ട്രോണിക് സംവിധാനങ്ങളും കമ്പ്യൂട്ടർ സംവിധാനങ്ങളും അല്ലേ പിന്നെ എന്തു യുദ്ധത്തിന്റെ അവസാന രംഗത്ത് വരുന്നൊരു ഭയാനകമായ കാര്യമാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേസ്വചനം പന്ത്രണ്ടാം അധ്യായം മൂന്നു നാലും വാക്യങ്ങൾക്കും ഭാരമുള്ള കല്ലാക്കിവക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ചുമക്കാൻ ചെല്ലുന്നവര് അതിനെ തലയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അതിനെ കീഴടക്കാമെന്ന് വിചാരിച്ച് ചെല്ലുന്നവര് അവരൊക്കെയും അവര് കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിനെ വിരോധമായി കൂടി യും ഏത് കുതിരയെയും പുറത്ത് കയറിയവനെ ഭ്രാന്തും സ്തംഭനം ഈ കുതിര എന്ന് പറയുന്നത് ബൈബിളില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം കുതിര എന്ന് പറയുന്ന പല പല ഭാഗങ്ങളിലും അത് വായു വായുസേനയെ കാണിക്കുന്നതാണ് അദ്രുഗതിയിൽ പായുന്ന ഭൂമിയിലെ മൃഗം അത് വായുസേനയെ കാണിക്കുന്നതാണ് കുതിര കുതിര അന്ന് ഏത് കുതിര കുതിരയും കുതിരയെ സ്തംഭിപ്പിക്കും ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും സ്തംഭനം ഇലക്ട്രോമാഗ്നറ്റിക് റൈസ് പുറത്ത് കയറിയവനെ ഭ്രാന്ത് കൊണ്ടും ബാധിക്കും പുറത്ത് കയറിയവനെ ആ യുദ്ധവിമാനങ്ങളിൽ കയറി സഞ്ചരിക്കുന്നവരെ ഭ്രാന്ത് പിടിപ്പിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഭ്രാന്ത് പിടിപ്പിക്കും അവരുടെ സ്വഭോ സന്ദർശിപ്പിക്കത്തക്കവണ്ണമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേസ് സഹോദരങ്ങളെ ദൂരെ ദൂരെ മൈലുകൾക്കപ്പുറം നിന്നുകൊണ്ടുള്ള ചില റാഡാർ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ വിമാനത്തിൽ പോകുന്ന ആ വിമാനത്തെയും വിമാനത്തിൽ പോകുന്ന വൈമാനികനെയും സ്തംഭിപ്പിക്കാൻ അവന് ബുദ്ധിഭ്രമം വരുത്താൻ അതിനു പറ്റി ഉപകരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു താമസിക്കാതെ കണ്ടുപിടിക്കുമെന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ കാലങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് ദൈവത്തിന് സ്തോത്രം ഈ മോക മാഗോഗ് ആ യുദ്ധത്തിൻ്റെ കാര്യം അത് കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ അതിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ മഹാവ്യാധികൾ മഹാവ്യാധികൾ പണ്ട് ഇത്രത്തോളം ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ടോ ക്യാൻസർ രോഗം ഇന്ന് കേരളത്തിൽ തന്നെ ഇന്ന് ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ ആളുകൾ ക്യാൻസർ രോഗികളാണ് ഈ ശതമാനത്തിലേറെ ആളുകൾ ക്യാൻസർ രോഗികളാണ് ക്യാൻസർ രോഗം ഇന്നിതാ വേറൊരു വളരെ മാരകമായ ഒരു രോഗമാണ് എയ്ഡ്സ് രോഗം എയ്ഡ്സ് രോഗം നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ലക്ഷങ്ങളാണ് എയ്ഡ്സ് രോഗത്തിൽ ബാധിച്ച് കിടക്കുന്നത് എയ്ഡ്സ് രോഗം വന്നാൽ ആദ്യമൊന്നും വന്നറിയില്ല ഒന്നും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണില്ല വർഷങ്ങൾ കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ വരുന്നത് ഏത് രോഗം വന്നാലും അതിൻ്റെ ഭരിക്കാത്ത വിധത്തിൽ എയ്ഡ്സ് രോഗത്തിൻ്റെ അണുക്കൾ കീഴക്കി കഴിഞ്ഞിരിക്കും ിയപ്പെട്ടവരെ നമ്മുടെ ഈ കേരളക്കരയിൽ തന്നെ എയ്ഡ്സ് രോഗം അത് വ്യാപിച്ചു വരികയാണ് എന്ന് സ്ഥിതി കണക്കുകൾ പറയുന്നു എയ്ഡ്സ് രോഗം ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പത്രത്തിൽ വായിച്ചത് പത്രത്തില് ഭാഷകയിൽ വായിച്ചതാണ് എന്താണ് ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ നിന്ന് വെളിയിലൊരു സ്ഥലത്ത് ഔദ്യോഗിക വേണ്ടി പോയി ഇരുപത്തി ആറ് വയസ്സേ മറ്റുള്ളൂ പാവം ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി പോയതാണ് നിങ്ങൾ പക്ഷേ വായിച്ച് കാണാം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഓർക്കും ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി പോയി അന്ന് ഏതാണ്ട് ഒരാഴ്ചകളവിടെ താമസിച്ചു തിരിച്ചു പോരാൻ ബുക്ക് ചെയ്തിരുന്ന ട്രെയിൻ വിട്ടുപോന്നു അത് കയറാൻ പറ്റിയില്ല റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഭാരത്തോടെ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു സാരമില്ല നാളത്തേക്ക് നാളത്തെ രാവിലത്തെ ട്രെയിനിന് പോകാം ഇവിടെ അടുത്തൊരു ലോഡ്ജുണ്ട് അവിടെ താമസിക്കാം അവിടെ തന്നെ രാവിലെ അവിടെ ഹോട്ടലും ഉണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കാം അയാളുടെ കൂടെ പോയി ഭക്ഷണം കഴിച്ചു മുറിയിൽ ചെന്നു ഈ കൂടെ കൊണ്ടുപോയയാൾ ഒരു ഏജൻ്റ് ആയിരുന്നു എന്തിൻ്റെ ഇമ്മൊറാലിറ്റിയുടെ വേശ്യാവൃത്തിയുടെ വ്യഭിചാരദോഷത്തിനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഒരു ഏജൻറ്റായിരുന്നു ഇയാൾ പറഞ്ഞു വെറും മതി ഇതുവരെ നിങ്ങൾ ചിന്തിക്കുകയോ കാണുകയോ അറിയുകയോ ചെയ്യാത്ത അനുഭവങ്ങൾ കിട്ടും അൻപത് രൂപ ഞാൻ ആളെ കൊണ്ടു വന്ന് തരാം ആളിവിടെ കൊണ്ടുവന്ന് മുറിയിൽ തരാം അൻപത് രൂപ ആരും അറിയില്ല ഇത്രയോ നാട്ടിൽ നിന്ന് എത്രയോ ദൂരെയാണ് അറിയില്ല ആ ചെറുപ്പക്കാരൻ വഴിപ്പെട്ടു അന്ന് രാത്രി അവൻ്റെ ജീവിതത്തിൽ അവൻ എയ്ഡ്സ് രോഗം അൻപത് രൂപയ്ക്ക് വാങ്ങി അൻപത് രൂപയ്ക്ക് എയ്ഡ്സ് രോഗം വാങ്ങിയെന്ന് പ്രിയപ്പെട്ടവരെ ഞെട്ടലോടെയാണ് കേൾക്കേണ്ടത് അന്നത്തെ രാത്രിയിലെ ആ ലൈംഗിക ജീവിതം മൂലം അവൻ്റെ ജീവിതം താറുമാറായി നാട്ടിൽ വന്നു ഒന്നും അറിഞ്ഞില്ല മാസങ്ങൾ ജോലിക്ക് പോയി ഒന്നും അറിഞ്ഞില്ല എപ്പോഴോ ഏതോ ശരീരത്തിലൊരു ഭാഗത്ത് പ്രയാസം ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു മാറുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കണ്ടു സാരമില്ല എന്തോ ആന്റിബയോട്ടിക്സോ എന്തൊക്കെ കൊടുത്തു സാരമില്ല പക്ഷേ മരുന്ന് വേശുന്നില്ല രോഗം കൂടിക്കൂടി വരുന്നു വീണ്ടും ഡോക്ടർക്കൊരു സംശയം എലീസ ടെസ്റ്റ് യ്ഡ്സ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ എയ്ഡ്സ് ഉണ്ട് ആ സത്യം ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നീ എയ്ഡ്സ് രോഗിയാണ് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിന് പുറത്തൊരു അടുത്ത് അന്നത്തെ ഒരു രാത്രി അവൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും ഭയാനകമായ അപകടം ഏതാനും ചെറിയ സമയത്തെ അനർത്ഥം മൂലം ആ ചെറുപ്പക്കാരന്റെ ഭാവി തകർന്നു ദൈവത്തിന് സ്തോത്രം എന്റെ സ്നേഹിതരെ നിങ്ങൾ ഓർത്തുകൊള്ളണേ നിങ്ങൾ രോഗത്തെ വിലക്ക് വാങ്ങരുത് നിങ്ങൾ രോഗത്തെ സുഖത്തിന് വേണ്ടി വാങ്ങരുത് വില കൊടുത്തില്ലെങ്കിലും സുഖത്തിന് വേണ്ടി വാങ്ങുന്നവരുണ്ട് സുഖത്തിന് രസത്തിന് നൈമിഷിക സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരം നിങ്ങൾ ഒരിക്കലതിന് വിട്ടുകൊടുക്കരുത് ഇതൊന്നുമില്ലാതെ എയ്ഡ്സ് രോഗം പകരുന്നു എങ്ങനെ ഈ വേറൊരാളെ കുത്തിയ എയ്ഡ്സ് രോഗിയെ കുത്തിയെ സിറിഞ്ചുകൊണ്ട് നിങ്ങളെ കുത്തിയാൽ എയ്ഡ്സ് രോഗം പകരും അങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഡിസ്പോസിബിൾ സിലിഞ്ച് വേണമെന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യം നമ്മുടെ കേരളക്കരയിൽ ഡിസ്പോസിബിൾ സിലിഞ്ച് ഡിസ്പോസിബിൾ അല്ല ഡിസ്പോസിബിൾ സിലിഞ്ച് ആരെങ്കിലൊക്കെ ഉപയോഗിച്ച് കുത്തിവെച്ചതിന് ശേഷം പുറത്തെറിയുന്നത് പെറുക്കിയെടുത്ത് പിള്ളേർ കൊണ്ടുവന്ന് അത് എല്ലാം പുതിയ പുതിയ ഒക്കെ ഇട്ട കൊടുക്കും അത് വിൽപ്പന നടത്തും കാശുണ്ടാക്കാനുള്ള പരിപാടിയല്ലേ സഹോദരങ്ങളെ ആന്ത്ര രോഗം ഭയാനകമായി പടന്നു എയ്ഡ്സ് രോഗം ഭയാനകമായി പടർന്നുകൊണ്ടിരിക്കുന്നു ക്യാൻസർ രോഗം ഭയാനകമായി പടന്നുപിടിച്ചിരിക്കുന്നു മാത്രമല്ല വേറൊന്ന് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗം ഇന്ന് പലയിടത്തും വരുന്നു ബ്ലാക്ക് ഡെത്ത് നമ്മുടെ നാട്ടിൽ അത് കേട്ടില്ല നമ്മുടെ നാട്ടിൽ അറിഞ്ഞില്ല ബ്ലാക്ക് ഡെത്ത് വിദേശത്ത് പോകുന്നവർ ഒരു സമയത്ത് കേരളത്തിലേക്ക് വരുന്നവരെ പ്രത്യേകം ശോധന ബ്ലാക്ക് ഡെത്തിന്റെ അണുക്കളുണ്ടോ എന്ന് വേറൊന്ന് സാഴ്സ് രോഗം മലേഷ്യ ചൈന കൊറിയ ജപ്പാൻ തുടങ്ങിയ വിദൂര പൗരസ്തീയ ദേശങ്ങളിൽ അവിടെ പടർന്നു പിടിച്ചൊരു രോഗമാണ് സാഴ്സ് സിംഗപ്പൂരിലും മറ്റും ഭാഗ്യവശാല അമർച്ച വരുത്താൻ പറ്റി ഞാൻ ഓർക്കുന്നു വെളിയിൽ നിന്ന് വെളിയിൽ പോയിട്ട് ആരെങ്കിലും നാട്ടിലേക്ക് വന്നാൽ അവിടെ തടഞ്ഞു നിർത്തി എല്ലാവരെയും പരിശോധിച്ചതിനു ശേഷമേ കടത്തിവിടുകയുള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്താൻ സമ്മതിച്ചിട്ടുള്ളൂ ദൈവത്തിന് സ്തോത്രം സാഴ്സ് രോഗം എത്ര പെട്ടെന്നാണ് പുതിയ രോഗങ്ങൾ വരുന്നത് എന്താണ് കാണിക്കുന്നത് മഹാവ്യാധികൾ വരുമെന്ന് അന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു അന്ത്യകാലക്ഷണങ്ങൾ ഭൂകമ്പം ക്ഷാമം ദൈവത്തിനു സ്ത്രോത്രം ഭൂകമ്പം ക്ഷാമം യുദ്ധങ്ങൾ മഹാവ്യാധികൾ ഞാൻ തൊട്ട് തൊട്ട് പറഞ്ഞു പോകട്ടെ ദൈവത്തിനു സ്തോത്രം ഈ യൂറോപ്പിലും അമേരിക്കയിലും ഇപ്പോൾ തന്നെ മാംസം തിന്നുന്ന രോഗം തുടങ്ങിക്കഴിഞ്ഞു മാംസം തിന്നുന്ന രോഗം മാംസം തിന്നുന്ന രോഗം ഇതൊക്കെ പടന്നു പിടിക്കാതിന് നേരമൊന്നും വേണ്ട നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏഴ് രോഗി ഉണ്ടായത് തൊണ്ണൂറ്റിമൂന്നിൽ തൊണ്ണൂറ്റിമൂന്നിൽ ആ തൊണ്ണൂറ്റിമൂന്നിൽ എൺപത്തി മൂന്നിലോ എയ്റ്റി ആദ്യത്തെ ഏഴ്സ് രോഗി ഉണ്ടായത് എങ്ങനെ പൂനെയിലൊരാള് വിദേശത്ത് അമേരിക്കയിലോ മറ്റോ പോയിട്ട് വന്നു അമേരിക്കയിലാണോ കമ്പോഡി കിഴക്കൻ രാജ്യങ്ങളിലാണോ നിറഞ്ഞുകൂടാ പോയിട്ട് വന്നു ആ ആള് അവിടെ കുത്തിവെച്ച് ഏതോ കാര്യത്തിന് കുത്തിവെച്ചു ആ സിറിഞ്ചിൽ കൂടി എയ്ഡ്സ് പകർന്നു അങ്ങനെയാണ് ആദ്യത്തെ എയ്ഡ്സ് രോഗി ഉണ്ടായത് പിന്നെ അതങ്ങോട്ട് പരക്കാൻ തുടങ്ങി എത്ര പെട്ടെന്നാണ് ലക്ഷങ്ങളായി മാറിയത് പെട്ടെന്ന് പരക്കും ദൈവമക്കളെ ഓർത്തുകൊള്ളു യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഒന്നൊന്നായി പൊത്തൊത്തുവരുന്നു ലോകത്തിലെ കുഷ്ഠരോഗികളിൽ അറുപത് ശതമാനം ഇന്ത്യയിലാണ് ലോകത്തിലാകെയുള്ള കുഷ്ഠരോഗികളിൽ അറുപത് ഇന്ത്യയിൽ തന്നെയാണ് നമ്മുടെ ഭാരതഭൂമി കുഷ്ഠരോഗികളുടെ നാടെന്ന് പറയാവുന്ന രീതിയിൽ പകുതിയിലധികം പേര് കുഷ്ഠരോഗികളാണ് എവിടെ ലോകത്തിലെ കുഷ്ഠരോഗികളിൽ അറുപത് ഇന്ത്യയിലല്ല അറുപത് ശതമാനം കുഷ്ഠരോഗികളാകെയുള്ളതിൽ പകുതിയിലധികം ഇന്ത്യയിൽ തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള കുഷ്ഠരോഗികൾ ദൈവത്തിന് സ്തോത്രം ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്ന് പറഞ്ഞില്ലേ ഗുജറാത്തിലുണ്ടായ അക്രമങ്ങൾ എന്ത് ഭയാനകമായ അക്രമങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ഗുജറാത്തിൽ തന്നെ ഈ കാലയളവിൽ അറുപത്തഞ്ച് അക്രമങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ നാനൂറ്റി പതിനേഴ് അക്രമങ്ങളുണ്ടായി മുപ്പത്തിമൂന്ന് പേർ അതിൽ കൊല്ലപ്പെട്ടു തമിഴ്നാട്ടിൽ അറുപത്തിരണ്ട് അക്രമങ്ങളുണ്ടായി ഒറീസയിൽ അൻപത് അക്രമങ്ങളുണ്ടായി ജാതി ജാതിയോടുള്ള വർഗ യുദ്ധങ്ങൾ കൊണ്ട് കേരളത്തിൽ അൻപത്തഞ്ച് പേർ അൻപത്തഞ്ച് അക്രമങ്ങളുണ്ടായി ഇതെല്ലാം റെക്കോർഡിൽ കിട്ടിയതാണ് അല്ലാതെ എത്രയോ അക്രമങ്ങൾ അവിടെ നടന്നു എത്രയോ അക്രമങ്ങൾ ജാതിയുടെ പേരിൽ മാത്രം വർഗത്തിന്റെ പേരിൽ മാത്രം മാത്രമല്ല നമ്മുടെ ഭാരതഭൂമിയിൽ തന്നെ ന്യൂനപക്ഷ പീഡനങ്ങൾ പാവപ്പെട്ടവനെ പീഡിപ്പിക്കുന്ന നമ്മുടെ ഈ കേരളഭൂമിയിൽ അതിന്നില്ല കാരണം കേരളഭൂമിയിൽ ആ കേരളത്തിൻ്റെ അഭിവൃദ്ധമായ സാഹചര്യത്തിൽ ഇന്ന് ദരിദ്രങ്ങൾ ദരിദ്രന്മാരെ പീഡിപ്പിക്കുക എന്നുള്ളത് അവസരെ പീഡിപ്പിക്കുക സാധിക്കുന്നില്ല നടക്കുന്നില്ല കാരണം ദരിദ്രന്മാർ പൊതുവെ കുറവാണ് എന്നാൽ ബീഹാറിലും മറ്റും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയാണ് കഠിനമായി ഉപദ്രവിക്കുകയാണ് കഠിനമായി പീഡിപ്പിക്കുകയാണ് മേലാളന്മാരുടെ അഭിമുഖത്തിന് വഴങ്ങാത്തതായി ന്യൂനപക്ഷങ്ങളെ കൊല്ലാൻ പോലും മടിക്കുന്നില്ല സ്ത്രീകളെ പരസ്യമായി നഗ്നരാക്കി റോഡേ നടത്താൻ മടിക്കുന്നില്ല ചോദിക്കാൻ ആളില്ല സർക്കാരിന് കരുത്തില്ല അഥവാ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് അതിനുള്ള അതിനുള്ള മൊറാലിറ്റി ഇല്ല അതിനുള്ള അതിനുള്ള സാൻമാർഗീത്വം ഇല്ല സ്തോത്രം ഇനിയും അടുത്തത് ഈ പ്രകൃതിക്ഷോഭങ്ങൾ ചുഴലിക്കാറ്റുകൾ ചുഴലിക്കാറ്റുകൾ എത്രയോ ചുഴലിക്കാറ്റുകളാണിങ്ങനെ ഈ കാലയളവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ ചുഴലിക്കാറ്റുകൾ ദൈവത്തിൻ്റെ സ്തോത്രം തുടരെ തുടരെ ചുഴലിക്കാറ്റുകൾ കൊടുങ്കാറ്റുകൾ ദേശങ്ങൾ തൂത്തുവാരി പോകുന്നു നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം വലിയ കാറ്റ് വീശി ദൈവം കരുണ ചെയ്ത് നമുക്ക് ദോഷമൊന്നും പറ്റിയില്ല ദൈവത്തിൻ്റെ ദുരന്മാർ വന്ന് കാവൽ ചെയ്തു ദൈവത്തിൻ്റെ ബാലാഘന്മാർ വന്നെല്ലാം ഏറ്റെടുത്തു ദൈവത്തിന് സ്തോത്രം എന്നാൽ ഇവിടെ നിന്ന് കേവലം രണ്ടോ രണ്ടരയോ കിലോമീറ്റർ അടകലെ നാനൂറിലേറെ വൃക്ഷങ്ങൾ കടപഴകിപ്പോയി മറ്റനേകം റബ്ബർ തോട്ടങ്ങളിൽ നാനൂറ് റബ്ബർ തോട്ടം നാനൂറ് മരങ്ങൾ മാത്രമല്ല അടുത്ത റബ്ബർ തോട്ടങ്ങളിലെല്ലാം അനേകം മരങ്ങൾ നിലമ്പൊത്തിപ്പോയി അന്നത്തെ ചുഴലിക്കാറ്റ് ദൈവ മക്കളെ നമ്മുടെ നാട്ടിലാകെ പലയിടത്തും ഇക്കൊല്ലം തന്നെ മണിയുടെ മറ്റും എന്ത് വലിയ ചുഴലിക്കാറ്റിലുണ്ടായത് എന്ത് വലിയ കൊടുങ്കാറ്റായിരുന്നു എന്തെയോ നാശനഷ്ടങ്ങൾ വന്നു ദൈവത്തിന് സ്തോത്രം എസ് സി ഇരുപത്തൊമ്പതിന്റെ ആറ് വായിക്കാം എസ് സി ഇരുപത്തൊമ്പതിന്റെ ആറ് ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാഥത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല മിന്നലാണ് പിടിമിന്നലാണ് ദൈവം സന്ദർശിക്കുകയാണ് നഹുവും ഒന്നിന്റെ മൂന്ന് വായിക്കുമ്പോൾ കാണാം ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്ന് എന്താണ് ഈ വാക്യം ഒന്ന് വായിച്ച് ഒമ്പതി ആറ് ഇടിമുഴക്കത്തോടും ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും ഭൂകമ്പത്തോടും മഹാനാഥത്തോടും കൂടെ മഹാനാഥത്തോടും കൂടെ കൊടുങ്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളെ ഹോവയാൽ സന്ദർശിക്കപ്പെടും അത് സൈന്യങ്ങളെ ഹോവയാൽ സന്ദർശിക്കപ്പെടും നഹുവും ഒന്നിന്റെ മൂന്ന് ഒന്നിന്റെ അഞ്ചും നഹുവും ഒന്നിന്റെ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് സഹോദരങ്ങളെ നോഹയുടെ കാലത്ത് പ്രളയം വന്നു സ്നേഹവാനായ ദൈവം എന്തിനു പ്രളയം വരുത്തി ഈ ഭൂമിയെ ഒന്ന് ജനങ്ങൾ വഷളായിപ്പോയി ജനങ്ങൾ വഷളായിപ്പോയി ഈ ഭൂമി ഒന്ന് കഴുകിയെടുക്കണം സ്തോത്രം ഓരോ കാലയളവിലും അനർഥങ്ങൾ വരുന്നത് ദൈവം ജനത്തിന്റെ മേൽ ദൈവ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തതുപോലുള്ള അകൃത്യം കാണുമ്പോഴാണ് സ്വതോങ്കോമോറ ദഹിപ്പിക്കപ്പെട്ടു സ്വോതോങ്കോമോറ അത് കത്തിപ്പോയി ഇന്നതൊരു ഒരു നാ ഒരു തടാകമാണ് ഇന്നത് എന്ന് പറയുന്ന ഒരു തടാകമായി മാറി ചാവുകടൽ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ അത് ഇന്ന് ഒരു തീ തടാകമായി കിടക്കുകയാണ് ഗന്ധകവും തീയും അവിടെ പെയ്ത് ആ ദേശം അങ്ങ് കുഴിഞ്ഞുപോയി അനേകമനേകം സോൾട്ട്സ് മിനറൽസ് എല്ലാം ആ തടാകത്തിലുണ്ട് എന്താണ് പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായത് ലോകം മുഴുവനും അകൃത്യം കൊണ്ട് നിറഞ്ഞു ലോകം മുഴുവൻ അതിക്രമം കൊണ്ട് നിറഞ്ഞു വോഷത്വം കൊണ്ട് നിറഞ്ഞു ദൈവത്തിന് സ്തോത്രം വരാൻ പോകുന്ന കാര്യം അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം അതാണ് നോക്ക നോഹയുടെ കാര്യം ഉൽപ്പത്തി ആറിൻ്റെ ഒന്നിൽ വായിക്കാം മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ സൗന്ദര്യമുള്ളവരെന്നെ കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോളെ ഹോവാ മനുഷ്യനിൽ എൻറെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല മനുഷ്യനിൽ എൻറെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവന്റെ കാലം ഇംഗ്ലീഷിൽ കിടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കൂടുതൽ അർത്ഥപ്രഷ്ടിയുള്ളതായ വാക്യമാണ് മനുഷ്യനിൽ ദൈവത്തിന്റെ എന്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ അവന്റെ ആയുഷ്കാലം നൂറ്റി ഇരുപത് സമ്മത്സരമാകും അത് ഇംഗ്ലീഷ് ബൈബിളിൽ കിടക്കുന്നത് നോക്കിയാൽ എന്താണെന്ന് അറിയാമോ മൈ സ്പിരിറ്റ് മസ്റ്റ് ഫോർ ബി ഡിസ് i will give him 120 years to mend his ways my spirit must not for ever be disgraced in man manishinte munpil endi aalma avu kenji kenji nilkugeyana manushine veendelkanendi aalma avu vaadichu nillkugeyana manushine rekhilike naikkanendi aalma avu vaadichu nillkunnu manishinil endi aalma avu sada kaalam vaadichu kondirikkilla my spirit must not for ever be disgraced in man manishinil endi aalma avu ingane vaadichu kond ninntat മനുഷ്യൻ എന്നെ സ്വീകരിക്കാതെ വരുമ്പോൾ എന്റെ ആത്മാവിനെ കൈക്കൊള്ളാതെ വരുമ്പോൾ ആത്മാവിനവമാനമല്ലേ എനിക്കത് അപമാനമല്ലേ ഏറെക്കാലം ഇനി അപമാനം സഹിക്കുകയില്ല മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ ബി ഡിസ് ഗ്രേസ്ഡ് ഇൻ മാൻ എന്റെ ആത്മാവ് മനുഷ്യന്റെ മുമ്പിൽ കെഞ്ചി കെഞ്ചി നിൽക്കുന്ന ഒരു കാലയളവുണ്ട് സന്ദർശനകാലം ആ കാലയളവിൽ ദൈവം മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ദൈവം മനുഷ്യന്റെ മുമ്പിൽ നിന്ന് യാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദൈവം വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദൈവം സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വചനം ദൈവം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം എന്നിട്ടോ ദൈവം പറയുന്നു മനുഷ്യൻ എൻ്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ ബി ഡിസ്ക് മേൻ എൻ്റെ ആത്മാവ് അങ്ങനെ ബാധിച്ചുകൊണ്ട് അവൻ എന്നെ കൈക്കൊള്ളാതെ കൈക്കൊള്ളാതെ പിന്നെയും പിന്നെയും ദുശാഠ്യം കാണിക്കുന്നതുകൊണ്ട് എൻ്റെ ആത്മാവ് ഇനി ഞാൻ സമ്മതിക്കുകയില്ല എൻ്റെ ആത്മാവ് അപമാനിക്കപ്പെട്ടു മാറാൻ ഞാൻ സമ്മതിക്കുകയില്ല ഐ വിൽ ഗീവ് ഹിം വൺ ട്വൻറ്റിൻസ് വെയ്സ് അവൻ്റെ വഴികളെ നേരെയാക്കാൻ ഞാനൊരു കാലയളവ് കൊടുത്തിരിക്കുകയാണ് അവൻ്റെ വഴികളെ നേരെയാക്കാൻ ഞാൻ ഒരു കാലയളവ് കൊടുത്തിരിക്കുകയാണ് സ്ത്രോത്രം ഹോളി ഈ വിസ് അവൻ മുഴുവനും അഴുക്കാണ് ഈ മനുഷ്യൻ മുഴുവൻ അഴുക്കാണ് അവൻ ജഡം തന്നെയല്ലോ എന്ന മലയാള വാക്യം അവൻ മുഴുവനും ഈ വിളാണ് മുഴുവനും ദുഷ്ടതയാണ് മുഴുവനും വക്രതയാണ് മുഴുവനും സൂത്രമാണ് മുഴുവനും കൗശലമാണ് എത്ര ഞാൻ വാദിച്ചിട്ടു മനസ്സിലാകുന്നില്ല എത്ര ഞാൻ മുട്ടിയിട്ടു തുറക്കുന്നില്ല എത്ര ഞാൻ അവനോട് വാദിച്ചുകൊണ്ടേയിരുന്നിട്ടും അവൻ ഗൗരിക്കുന്നില്ല ഇനി എന്റെ ആത്മാവ് സദാകാലം ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം ബോഹത്തിപ്പെടട്ടെ എന്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എൻ്റെ സഹോദരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒരു സന്ദർശനകാലം നമുക്ക് തന്നിരിക്കുകയാണ് ലൂക്കോസിന് ശേഷം പതിമൂന്നാം അധ്യായത്തിൽ യജമാനൻ യജമാനൻ തോട്ടത്തിലേക്ക് വന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട് യജമാനൻ തോട്ടത്തിലേക്ക് വന്നു തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിയുണ്ട് അതിൽ ഫലം തിരഞ്ഞാണ് വന്നത് ഫലം തിരഞ്ഞു വന്നു നട്ടിരുന്ന അത്തിയാണ് ഫലം തെരഞ്ഞു വന്നു പക്ഷേ പക്ഷേ ഫലം കണ്ടില്ല ഫലം കായ്ക്കുന്നില്ല വ്യർത്ഥമാണ് അതിന് വളമിട്ടത് വ്യർത്ഥം അതിന് വെള്ളമൊഴിച്ചത് വ്യർത്ഥം അതിനെ ശുശ്രൂഷിച്ചത് വ്യർത്ഥം അതിനെല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇണക്കി കൊടുത്തത് വ്യർത്ഥം പൊതുഫലവും കഴിക്കുന്നില്ല യജമാനെ സങ്കടമായി ദൈവത്തിന്റെ സ്തോത്രം യജമാനും പറഞ്ഞു അതിനെ വെട്ടിക്കളക തോട്ടക്കാരനെ വിളിച്ചു വെട്ടിക്കള എന്തിനെന്റെ നിലം നിഷ്പലമാക്കി കിടക്കുന്നു എന്റെ നില എന്തിനു നിഷ്ഫലമാക്കുന്നു എന്റെ നിലം നിഷ്ഫലമാക്കുന്നത് എന്തിന് ഫലമില്ലാത്തൊരു മരം നട്ടി നട്ട് അതിന് വളർത്തിക്കൊണ്ടിരുന്നൊരു എന്ത് കാര്യം യജമാനും കർശനമായി പറഞ്ഞു തോട്ടക്കാരൻ പറഞ്ഞു യജമാനെ തോട്ടക്കാരൻ പറഞ്ഞു അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന പറഞ്ഞു യജമാനെ ഞാൻ ഒന്നുകൂടി കളച്ച് വളമിട്ട് നോക്കട്ടെ ഞാൻ ഒന്നുകൂടി മൂ പറഞ്ഞു മൂന്ന് വർഷമായില്ലേ ഞാൻ നോക്കി തുടങ്ങിയിട്ട് ഫലം കണ്ടില്ലല്ലോ അല്ലേ ഞാൻ ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി ഞാൻ കിളച്ച് വളമിട്ട് നോക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ചിലപ്പോൾ കായച്ചെങ്കിലോ എങ്കിൽ എങ്കിൽ നല്ലതല്ലേ അല്ലേ കായ്ച്ചില്ലേ അന്നേരം വെട്ടിക്കളയാ വായിച്ചേ അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തനെ തന്റെ മുന്തിരി തോട്ടത്തിൽ നട്ടിരുന്നു ഒരത്ര ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലാതെ അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അതിർ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിഷ്പലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനവൻ കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന ഉത്തരം പറഞ്ഞു ദൈവത്തിന് സ്ത്രോത്രം മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ ചാൻസസ് തരികയാണ് അവസരങ്ങൾ തരികയാണ് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ സമയങ്ങൾ നീട്ടി നീട്ടി തരികയാണ് കൂടെ കൂടെ കേട്ടിട്ടും ശാഠ്യം കാണിക്കരുതേ കൂടെ കൂടെ കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോകില്ല നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുന്ന സദശവാക്യം പറയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കല്ലേ ദൈവത്തെ പരീക്ഷിക്കല്ലേ ഇസ്രായേജനം ദൈവത്തെ മരുഭൂമിയിൽ പരീക്ഷിച്ചു അവർ മരുഭൂമിയിൽ പട്ടുപോയി അവരെ കൊണ്ടുവന്നപ്പോൾ അവർക്കൊടുത്തിരുന്ന വാഗ്ദത്വം അവരെ കരാനിൽ എത്തിക്കാമെന്നാണ് ദൈവം വാഗ്ദത്വങ്ങളിൽ വളരെ വിശ്വസ്തനാണ് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചപ്പോൾ ദൈവമക്കളെ ശ്രദ്ധിക്കൂ എല്ലാവരും ശ്രദ്ധിക്കൊണ്ടിരിക്കൂ എല്ലാവരും നിവർന്ന് കേട്ടിരിക്കൂ എല്ലാവരും മുഖം നിവർത്തി കേട്ടിരിക്കൂ എല്ലാവരും കാത് കൂർപ്പിച്ചിരിക്കൂ ദൈവത്തിന് സ്തോത്രത്തിൽ ഹൃദയം തുറന്നിരിക്കൂ ഇസ്രായേൽ ജനത്വം ഇസ്രായേലി നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വാഗ്ദത്വം പാലും തേനുഴുന്ന കനാന് ദേശമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അതിലേക്ക് അവരെ കൊണ്ടുപോകാമെന്ന് കർത്താവ് ആഗ്രഹിച്ചു അവർ അതിലേക്ക് പോകാനായിട്ട് ബന്ധപ്പെട്ടിറങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം വലിയ പ്രതീക്ഷയോടെ ഒരു പക്ഷേ അവർ ആ നാൽപ്പത് ദിവസം ദൈവത്തെ പരീക്ഷിച്ചു വെറും പതിനൊന്ന് ദിവസം കൊണ്ടെത്തേണ്ടതായ ആ മരുഭൂമിയിൽ യാത്ര ദീർഘമായതെന്താണ് അവരുടെ മത്സരം കൊണ്ട് അവരുടെ പരീക്ഷ കൊണ്ട് പതിനൊന്ന് ദിവസം മാത്രം മതി ഈജിപ്തിൽ നിന്ന് പലസ്റ്റൈനിലെത്താൻ ദൈവത്തിന് സ്തോത്രം മിസ്രൈലിന് കനാനിൽ എത്താൻ പതിനൊന്ന് ദിവസത്തെ വഴി മാത്രം മതി ആവർത്തനം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ കാണാം പതിനൊന്ന് ദിവസത്തെ വഴിയുണ്ട് എന്നാൽ നാൽപ്പതുവർഷം ആ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമാറായി ദൈവത്തിന് സ്തോത്രം അവർ ദൈവത്തെയും പരീക്ഷിച്ചു അവർ ദൈവത്തോട് മത്സരിച്ചു അവർ ദൈവത്തോട് ധിക്കരിച്ചു അവർ ദൈവത്തെ ചോദ്യം ചെയ്തു അവർ വിടവിച്ച കരത്തിൻ്റെ മഹാത്മ്യവർ കണ്ടില്ല അവരെ സ്നേഹിച്ച കരത്തിൻ്റെ വാത്സല്യം അവർ അറിഞ്ഞില്ല അവരെ നടത്തിയത് അവരുടെ മുമ്പിൽ അത്ഭുതം ചെയ്തത് ചെങ്കടൽ പിളർന്നത് എൻ്റെ ദൈവമേ അതിശയങ്ങൾ ചെയ്തത് സംഹാരം വന്ന് ആ വാതിൽപ്പടിമേൽ കുറുമ്പടിമേലും ഊനുമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം തളിക്കാത്ത ഭവനങ്ങളിൽ കടിഞ്ഞൂൽ സംഹാരം നടത്തിയത് എന്നാൽ അതനുസരിച്ചവർക്ക് കടിഞ്ഞൂലുകൾ കേടുവരാതിരുന്നത് എല്ലാം നേരിട്ട് കണ്ടതാണ് ഫർവനും സൈന്യവും ആ പെരുവെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് അവർ കണ്ടതാണ് അതേ വെള്ളത്തിൽ കൂടി ഏതാനും സമയം മുൻപ് അവർ നടന്ന് കയറിയതാണ് ആ വെള്ളം മാറി നിന്നതാണ് വെള്ളം രണ്ടു വശത്തും മതിൽ പോലെ മാറി നിന്നതാണ് എല്ലാ അത്ഭുതങ്ങളും കണ്ടു സ്നേഹിതരെയും നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടില്ലയോ പലരുടെയും ജീവിതം മാറുന്നത് കണ്ടില്ലയോ പലരുടെയും ജീവിതത്തിൽ പിശാചു മാറുന്നത് കണ്ടില്ലയോ പലരുടെയും മദ്യപാനം മാറുന്നത് കണ്ടില്ലയോ പല കുടുംബങ്ങളും സമാധാനം അനുഭവിക്കുന്നത് കണ്ടില്ലയോ ദൈവത്തിന് സ്തോത്രം യോ നിങ്ങൾ അന്ധരായി പോകല്ലേ നിങ്ങൾ ബഹുമാനോട് അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ മനുഷ്യരെ മരം പോലെ കാണുന്നവരായി പോകല്ലേ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മുഹത്തുപെടട്ടെ മകളെ നീ ദുശാഠ്യം കാണിക്കരുത് മകനെ നീ മത്സരിക്കരുത് ദൈവം ഇതിലേ നീ അവിശ്വസിക്കരുത് സ്വർഗത്തിലെ ദൈവം നിന്ന് തേടി വന്നിരിക്കുകയാണ് ഇന്നൊരു ചാൻസ് തരികയാണ് ഓ എൻ്റെ കർത്താവെ ഈ ആണ്ടും കൂടി നോക്കട്ടെ എന്നാണ് തൻ്റെ തിരി രക്തം കാണിച്ചുകൊണ്ട് പുത്ര നമ്പുരാനപ്പനോട് യാദിക്കുന്നത് അപ്പോൾ ഞാൻ നിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ഈ പങ്കപ്പാട് ഏറ്റതല്ലേ ഞാൻ ഈ രക്തം ചിന്തിയതല്ലേ എനിക്ക് കുറ്റമുണ്ടായിരുന്നില്ലല്ലോ കുറ്റമില്ലാത്ത ഞാൻ മനുഷ്യൻ്റെ കുറ്റമെല്ലാം അയച്ചെടുത്തതല്ലേ അപ്പോൾ ഒരു വർഷം കൂടി നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ദൈവത്തിന് സ്തോത്രം ദൈവജനമേ ഒരു വർഷം കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നയോളം നമ്മെ നിർത്തി ദൈവത്തിൻ്റെ സ്തോത്രം ആപത്തുകൾ വന്നില്ലേ അപകടങ്ങൾ വന്നില്ലേ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റപ്പെടേണ്ട അവസരങ്ങൾ വന്നതല്ലേ ദൈവത്തിന് സ്തോത്രം ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് പുറത്ത് പറഞ്ഞതല്ലേ ദൈവത്തിന് സ്തോത്രം എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ആക്സിഡൻ്റ് വന്നപ്പോൾ ഇനി ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് കാത്ത് പലരും വീട്ടിൽ നിന്ന് നിന്നതല്ലേ എൻ്റെ ദൈവ പേതലേ ചോദിക്കട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് നല്ലതല്ലേ ചെയ്തുള്ളൂ ദൈവം നിനക്ക് അനുഗ്രഹമല്ലേ ചെയ്തുള്ളൂ അവൻ നിനക്കെന്ത് ദോഷം ചെയ്യൂ ഓ എൻ്റെ ജനമേ നീ എന്നോട് ബോധിപ്പിക്കുക ഞാൻ നിനക്കെന്താണ് ദോഷം ം പറയും എന്റെ ജനമയെ നീ എന്നോട് ബോധിപ്പിക്കുക നീ ഞാൻ നിനക്ക് എന്ത് ദോഷം ചെയ്തു ദൈവത്തിന് സ്തോത്രം ദൈവം മാത്രം ചെയ്തു മോനെ ഇന്നയോളം ദൈവം തന്നെ നടത്തി മോളെ ഇന്നയോളം ദൈവം തന്നെ കൺമണി പോലെ കാത്തു കൈവെള്ളയിലിട്ട് താലോലിച്ചു നിന്നെ അരുമയായി കാത്തു ദൈവത്തിന് സ്തോത്രം എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് തന്നു ദൈവത്തിൻ്റെ വലിയതാമം മുഹത്തപ്പെടട്ടെ എന്നാൽ ദൈവ പൈതലെ നീ അറിഞ്ഞില്ല ഈ സ്നേഹത്തിൻ്റെ വില ഈ വാത്സല്യത്തിൻ്റെ വില നീ അറിഞ്ഞില്ല നീ കേൾക്കുന്ന വചനത്തിൻ്റെ മഹാത്മി അറിഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം നീ കൂടി നിൽക്കുന്ന കൂട്ടായ്മയുടെ ശക്തി നീ അറിഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം സാക്ഷാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിറങ്ങി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ ആരുടേത് നിങ്ങൾ അറിഞ്ഞില്ല കേവല മനുഷ്യരെയും നിങ്ങൾ കണ്ടുള്ളൂ ദൈവത്തിന് സ്തോത്രം കേവലം ഭൂമിയിലെ ആളുകളെ നിങ്ങൾ കണ്ടുള്ളൂ എന്നാൽ ദൈവത്തിന് സ്തോത്രം ഒരാദൃശ്യകര ഉയർന്നിരിക്കുന്നത് നിങ്ങൾ പലരും സ്ത്രോത്രം ഒരദൃശ്യകരം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടില്ല എൻ്റെ ജനമേ എൻ്റെ പ്രിയ സഹോദരന്മാരെ എൻറെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ദൈവം അവസരം നീട്ടി തന്നില്ലേ പിതാവേ യജമാനെ ഒരു വർഷം കൂടി നിൽക്കട്ടെ നമുക്ക് വേറെ ആൾക്കാച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം വളം തരികയാണ് ഓ ശുശ്രൂഷിക്കുകയാണ് കിളച്ച് വളവിടുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെയും പിന്നെയും കളച്ച് വളവിട്ടു എൻ്റെ സ്നേഹിതരെ നിങ്ങൾക്ക് വളം തന്നില്ലേ നിങ്ങൾക്ക് വളരാനുള്ളതെല്ലാം തന്നില്ലേ നിങ്ങൾ കേടുപോക്കാനുള്ളതെല്ലാം തന്നില്ലേ നിങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കാനുള്ള വള തന്നില്ലേ നിങ്ങൾ കഴിവ് പ്രാപിക്കാനുള്ള വളരെ തന്നില്ലേ നിങ്ങളുടെ ബന്ധനങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നില്ലേ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കേടുകളും പോടുകളും പാടുകളും മനസ്സിലാക്കി തന്നില്ലേ ഹാലൽ നിങ്ങളെ കർത്താവ് നേരിട്ട് ഇടപെട്ടില്ലേ നിങ്ങളോട് കർത്താവ് സംസാരിച്ചില്ലേ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ഇടപെട്ടില്ലേ ദൈവത്തിന് സ്തോത്രം അകെ നിനക്ക് അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവമെന്നും കാണിച്ചു തന്നില്ലേ നാളുകളായി മറിഞ്ഞുകിടക്കുന്ന ചില മർമ്മങ്ങളും ചില രഹസ്യങ്ങളും നിനക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നില്ലേ എല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്നും എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെന്നും നിനക്ക് മനസ്സിലാക്കി തന്നില്ലേ എന്തി ഹല്ലേലൂയ ദൈവത്തിൻ സ്തോത്രം ഓളി ഈ വിള്ളാസിസ് ഐ വിൽ ഗിവ് ഹിം 120 ഇയേഴ്സ് ടു ബി ഇൻ ദിസ് ഡേയ്സ് ഔറെ പ്രതിയ കാലല വി ഞാൻ കൊടുതതാണ് ഒരു പ്രതിയ കാലകട്ടം കൊടുതതാണ് ഇരിയം പ്രളയം കൊണ്ടെല്ലാം അസ്മികാൻ പോവുന്നു എല്ലാ വക്തി പ്രളയത്തിൽ തീയാൻ പോവുന്നു വലിയൊരു അഗ്നി പ്രളയം വരാൻ പോവുന്നു ലോകമിദാ അവസാനിക്കറായി വരുന്നു എല്ലാം എല്ലാം തെളിഞ്ഞു വരുന്നു ലക്ഷണങ്ങൾ എല്ലാം തെളിഞ്ഞു വരുന്നു മഗനേ നീ എഴുന്നേറ്റോ മഗளே നീ ഉണർന്നോ അയ്യോ നീ ഇന്നും മായി കിടക്കുകയാണോ മോനേ നീ ഇന്നും ഉറങ്ങി കിടക്കുകയാണോ നീ ഇന്ന് സുഖനിദ്രയിൽ ലയിച്ചുകിടക്കുകയാണോ സുഖലാലി മുങ്ങി മയങ്ങി കിടക്കുകയാണോ ദൈവത്തിന് സ്തോത്രം എന്നാൽ നിന്നെ ഉണർത്താൻ ദൈവത്തിന്റെ ആത്മാവ് ഈ നട്ടുച്ച നിന്നോട് സംസാരിക്കുകയാണ് ആത്മാവിനോട് ഇടപെടുകയാണ് ആത്മാവിനോട് വാദിക്കുകയാണ് ആത്മാവ് നിന്റെ വന്ന് നിന്റെ മുമ്പിൽ കെഞ്ചുകയാണ് ആത്മാവിന് ചെവി കൊടുപ്പീൻ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിപ്പിയും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മെ സമർപ്പിക്കാം നമ്മുടെ കനാഥനോട് വാക്കു പറയാം എന്റെ കർത്താവെ കാലങ്ങൾ പാഴായിപ്പോയി കാലങ്ങൾ ആത്മാവിനെ അപമാനിച്ചു പോയി ആത്മാവിനെ സംശയിച്ചുപോയി ഇത് ക്രിസ്തു എന്നെ സംസാരിക്കുന്നെന്ന് തുമ്പ് തുമ്പ് നോക്കിക്കൊണ്ടുപോയി കർത്താവേ ഈ ദൈവ മക്കളിൽ സംസാരിക്കുന്ന ക്രിസ്തു തന്നെയോ എന്ന് തുമ്പന്വേഷിച്ച് കർത്താവേ തെളിവ് നോക്കി കർത്താവേ ഞാനെ പരിശോധിച്ച് നോക്കി കർത്താവേ ഇത് ഹീറോ വർഷിപ്പല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കർത്താവേ എൻ്റെ ദൈവമേ എന്നോട് നീ പൊറുക്കുമോ ഹാലലുയ്യ ദൈവത്തിന് സ്തോത്രം ഹാലലുയ്യ എന്നോട് നീ ക്ഷമിക്കുമോ എൻ്റെ കർത്താവേ എനിക്ക് ഈ അവസരങ്ങൾ തന്നല്ലോ എന്നോട് നീ പൊറുക്കണമേ ഹാലലുയ്യ ദൈവത്തിന് സ്തോത്രം ഇത് പരിശുദ്ധാത്മാവ് തന്നെ നടത്തുന്നതാണോ എന്ന് ഞാൻ സംശയിച്ചു ർത്താവേ എന്റെ ദൈവമേ ഞാൻ പലതിലും പലതിലും തെറ്റിപ്പോയി കർത്താവേ എന്റെ ആളത്വം ഞാൻ കണ്ടില്ല കർത്താവേ എന്റെ ആളത്വത്തിന്റെ ബലഹീനത ഞാൻ മനസ്സിലാക്കിയില്ല എന്റെ ജീവിതത്തിൽ യേശു പ്രസാദിക്കുന്നില്ല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടും വിനയപ്പെടാൻ ഞാൻ തയ്യാറായില്ല കർത്താവേ ദൈവത്തിന് സ്തോത്രം ദൈവ ജനമേ ഓരോരുത്തരും ചിന്തിപ്പിൻ അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും വ്യക്തമായ തീരുമാനമെടുക്കുകയും കർത്താവേ ഈ സെക്കൻഡ് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയാണ് ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വകയാണ് ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ അടിമയാണ് െന്റെ തിരി രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയതല്ലേ ഇനി ഞാൻ കുറ്റമില്ലാത്ത രക്തം കൊണ്ടു കൊടുത്ത് രക്ഷക ഇനി ഞാൻ എന്റേതല്ല നിന്റേതാണ് എന്നെ തന്നെ കരങ്ങളിലേക്ക് തരികയാണ് ഇപ്പോൾ തിരു രക്തം എന്റെ നിശിയിൽ പുരട്ടണമേ ജയമുള ശ്രീബാന്റെ തലയിൽ വെക്കണമേ തിരുമാറൽ അണയ്ക്കണമേ മാറോടാണ് എന്റെ ദൈവമേ എന്റെ കരുണയുള്ള കർത്താവേ രോഗത്തിന് മേൽ കൈവെക്കണമേ രോഗാണുക്കൾ നീ ശാസിച്ച് മാറ്റണമേ രോഗബാധകൾ എനിക്ക് മാറ്റണമേ എൻ്റെ കുടുംബത്തിന് മേലേക്ക് ശാന്തി എൻ്റെ ഹൃദയത്തിലേക്ക് സമാധാനം തരണമേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ ഭർത്താവേ ഞങ്ങൾ കുടുംബമായി മാനസാധരപ്പെടാൻ എല്ലാവർക്കും പുതിയ കാഴ്ചപ്പാട് തരണമേ എല്ലാവരെയും ഇതിൻ്റെ കരം തുടരണമേ എല്ലാവരെയും ഇതിൻ്റെ കല ആലിംഗനം ചെയ്യണമേ ഹാലുയി ഹാലുയ്യ ഹാലുയ്യ ഹാലുയ്യ ആർക്കെല്ലാം ഈ വരുന്നുണ്ട് ആർക്കെല്ലാം പുതിയ തീരുമാനത്തിനായിട്ട് ഹൃദയം തുറക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ ൂ അവരെ ശാന്തമായി ഉച്ചത്തിൽ വേണ്ട ശാന്തമായി ദൈവത്തെ ആരാധിച്ചുകൊള്ളുഹിയ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ ആണിപ്പാടല കരങ്ങളിലേക്ക് കൊടുത്തുകൊള്ളു ഹാലലു ഭർത്താവെ ഈ ആയുസതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഭാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ജീവിതത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ നിന്റെ ഞാൻ നിന്റെ അടിമ ഇനി ഞാൻ എൻ്റെതല്ല നിന്റേതാണ് സ്നേഹവാനി ഈ നല്ല നിമിഷങ്ങൾക്കായി സ്ത്രോത്രം വചനം അവിടെത്തിയതല്ലേ അടിയങ്ങളവിടുത്തെ വകയല്ലേ ഈ മക്കളെല്ലാം അവിടുന്ന് വീണ്ടെടുത്ത മക്കളല്ലേ കർത്താവേ എല്ലാവരെയും ആത്മാവിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്തിന് ഒരുക്കണമേ ശുദ്ധീകരിക്കണമേ അവിടുത്തെ രണ്ടാമത്തെ വരവു ഒരുക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ വചനം കേട്ട എല്ലാവരെയും എൻ്റെ നാഥൻ്റെ കാര്യം തൊടണമേ യേശു തൊട്ടു എന്നുള്ള ഉറപ്പും ധൈര്യവും അതിനുള്ളതായ പ്രാഗൽഭ്യവും കൊടുക്കണമേ എല്ലാവരെയും തലോടണമേ കണ്ണുനീര് തുടയ്ക്കണമേ ആശ്വാസം പകരണമേ അപ്പാ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പ തിരു രക്തം തളിക്കണമേ ജയമുള്ള സ്ലിബ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ എല്ലാവരെയും വാഴ്ത്തണമേ എല്ലാവരുടെ മേലും നിന്റെ ആത്മാവിനെ അയക്കണമേ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന് ഊതണമേ എല്ലാവരെയും തിരുമാറോടണക്കണമേ മഹുത്വൻ്റെ രാജാധിരാജൻ മാത്രം എടുക്കണമേ യേശുവിൻ ജയകരമായ നാമത്തിൽ തന്നെ ആ Hello